ശ്രീ <small> സുമധന <small> <small> <small> ി പഞ്ചമാനുഭാവം ആനന്ദമയ കോശത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ആനന്ദമയ കോശം അത് അന്തമയാദി കോശങ്ങളെ പോലെ ഒന്നാണ് അത് നിരുപാധികമായ ബ്രഹ്മം തന്നെ ഇവിടെ പറയും ഇതെല്ലാം ബ്രഹ്മം തന്നെ എന്നാലും മാനന്ദമയം എന്ന് പറയുമ്പോൾ അതിനെ കോശമായി ഗ്രഹിച്ചാൽ മതി അതല്ല പരമാർത്ഥം അതിന് ഉള്ള യുക്തികളാണ് ഇവിടെ പറയുന്നത് കാരണം ഇവിടെ ശിരസ് ഉപസംക്രമണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അദർശി അനാത്മി അനിരുതി അസ്തൂലമനണു നയത്തിനേത്യാത്മ ഇത്യാദി വിശേഷ അപ്പോഹിച്ചു പരമാർത്ഥ ബ്രഹ്മത്തിലാണെങ്കിലോ എല്ലാ വിശേഷങ്ങളെയും നിഷേധിക്കും മന്ത്രോദാഹരണ അനുപത്യുബ്രഹ്മ അസന്നേവ സഭവതി അസദ് ബ്രഹ്മയുപേരിച്ച് മന്ത്രോദാഹരണം പത്തിയത് ആനന്ദമയം ആനന്ദം പ്രത്യക്ഷമായി അനുഭവിക്കുന്നു പ്രിയ മോദം പ്രമോദം ഇതെല്ലാം ഓരോ ജീവനും അനുഭവിക്കുന്നു പ്രത്യക്ഷമായി അനുഭവിക്കുന്ന ഒന്നിൽ നാസ്തി ബ്രഹ്മ അങ്ങനെയുള്ള ബ്രഹ്മ ഇല്ലെങ്കിലോ ഉണ്ടെങ്കിലോ ആശങ്കകളൊന്നും വരത്തില്ല ഇവിടെ ആശങ്ക വരുന്നുണ്ട് പ്രത്യക്ഷമായി അനുഭവിക്കുന്ന ഒന്നുമില്ല ആശങ്ക സംശയമുണ്ടാവും ആനന്ദം പ്രത്യക്ഷമായി അനുഭവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതിൽ സംശയമില്ല ബ്രഹ്മത്തെക്കുറിച്ച് സംശയമുണ്ട് അതുകൊണ്ട് പറയുന്നു അത് പ്രത്യക്ഷമായി അനുഭവിക്കുന്ന ഒന്നാകാൻ വഴിയില്ല ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ ഇജ്ജ് ജീവിച്ച അനുപന്നം ബ്രഹ്മണ പ്രതിഷ്ഠാത്രിനഗ്രഹം അതുമാത്രമല്ല ആനന്ദമയകോശത്തെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുമോ എന്ന് പറയുന്നു ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ അതിന് പ്രതിഷ്ഠ ബ്രഹ്മമാണെന്ന് പറഞ്ഞു അതുകൊണ്ടും ആനന്ദമയകോശമല്ല ആനന്ദമയകോശത്തിന് പ്രതിഷ്ഠയാണ് അതിനാധാരമായിരിക്കുന്നതാണ് ബ്രഹ്മം അതല്ല മയോ ആത്മാ അതുകൊണ്ട് സിദ്ധാന്തം എന്താണോ കാര്യപതി കാര്യങ്ങളിൽ ഉൾപ്പെട്ട ഒന്നാണ് ആനന്ദമയം അല്ലാതെ ആനന്ദമയം പരമാത്മാവല്ല എന്താണ് ആനന്ദം ആനന്ദവിധി വിദ്യാകർമ്മോ ഫലം ആനന്ദം വിദ്യയുടെയും കർമ്മത്തിന്റെയും ഫലമാണ് എന്നുവെച്ചാൽ ഒരു ജീവൻ അനുഭവിക്കുന്ന ആനന്ദം വിദ്യ എന്നാൽ ഉപാസന ഉപാസനയുടെയും കർമ്മത്തിന്റെയും ഫലമാണ് അത് ഭാഷകാരുടെ ഒരു മുഖ്യമായ സിദ്ധാന്തമാണ് ആനന്ദം ഉപാസനയുടെയും കർമ്മത്തിൻ്റെയും ഫലമാണ് എന്നൊരാൾ വേറെ തരത്തിലും പറയുന്നതാണ് പുണ്യഫലമാണ് പുണ്യത്തിന്റെ ഫലമായിട്ടാണ് ആനന്ദം അനുഭവിക്കുന്നത് ഉപാസനയും കർമ്മവും അത് പുണ്യമാണ് കർമ്മം എന്ന് പറയുന്നത് സത്കർമ്മമാണ് തദ്വികാരമായിട്ട് അതിന്റെ വികാരമാണ് അനന്തോശം എന്ന് പറയുന്നത് യജ്ഞാദി ഹേതോർ വിജ്ഞാനമയശ്രുഹിമയത്തെ അപേക്ഷിച്ച് ആനന്ദമായും അന്തരമാണെന്ന് ശ്രുതി പറയുന്നുണ്ട് ജ്ഞാന കർമ്മോർഹി ഫലം ഭർത്ഥത്വാ അന്തരത മനസ്സിയാകും ജ്ഞാനത്തിന്റെയും കർമ്മത്തിന്റെയും ഫലം ഞാനെന്ന് വെച്ചാൽ ഉപാസനം ഉപാസനയുടെയും കർമ്മത്തിന്റെയും ഫലം അത് ആർക്കു വേണ്ടി ഉപാസനുവേണ്ടി അല്ലെങ്കിൽ കർമ്മം ചെയ്യുന്നതിന് വേണ്ടി ഭോക്തൃ അർത്ഥത്വാത് ആന്തരത്മം സ്റ്റാർ അത് ഏറ്റവും ആന്തരികമായിരിക്കും ആന്തരികം എന്ന് പറഞ്ഞാൽ അത് ഭോക്താവിനോട് ചേർന്നിരിക്കുന്നതായിരിക്കും ഭോക്താവിനോട് ഏറ്റവും അടുത്തിരിക്കുന്നതായിരിക്കും വിജ്ഞാനമയ കോശം വിജ്ഞാനമയ കോശത്തിൽ വിജ്ഞാനമയ കോശത്തോടുകൂടിയിരിക്കുന്ന ഭോക്താവ് ആ ഭോക്താവ് ഉപാസനയും കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നു അതിൻ്റെ ഫലമായി ആ ഭോക്താവിന് ആനന്ദം അനുഭവപ്പെടുന്നു ആനന്ദം ഭോക്താവിന് വേണ്ടിയുള്ളതാണ് ഭോക്താവില്ലെങ്കിൽ അനുഭവിക്കുന്നവനില്ലെങ്കിൽ ആനന്ദത്തിൽ അർത്ഥമുണ്ട് അപ്പം അനുഭവിക്കുന്നൊരുവൻ വേണം ആരാണ് അനുഭവിക്കുന്നത് ജീവൻ അതാണ് ജീവനോ കർത്താവും ഭോക്താവും എന്ന് പറയുന്നത് അന്നം പ്രാണം മനസ് വിജ്ഞാനം ഈ കോശങ്ങളോട് താതാത്മ്യപ്പെട്ട് ആ ജീവൻ കർത്താവും ഭോക്താവുമായിരിക്കുന്നു എന്തിനാ അനുഭവിക്കുന്നത് ആനന്ദത്തിന് ആത്യന്തികമായി ഫലം ആനന്ദമാണ് ആ ഭോക്താവിനോട് ഏറ്റവും അടുത്തിരിക്കുന്നത് ഏറ്റവും ആന്തരമായിരിക്കുന്നത് അത് ആനന്ദമയ കോശമാണ് ആനന്ദമയ കോശം എന്ന് പറയുമ്പോൾ ആനന്ദം തന്നെ ജീവൻ അനുഭവിക്കുന്ന ആണുണ്ട് കർമ്മവും ഉപാസനയും ആദ്യം കർമ്മ ഉപാസനകളെക്കുറിച്ചുള്ള ജ്ഞാനം വേണം വിജ്ഞാനം വേണം അത് നേരത്തെ പറഞ്ഞു അപ്പോൾ ആ വിജ്ഞാനത്തിൻ്റെ തലം അതാണ് വിജ്ഞാനമയ കോഴ്സ് കേവല വിജ്ഞാനം കൊണ്ട് ഫലം ആ കൊണ്ട് ഉപാസന അല്ലെങ്കിൽ കർമ്മം പ്രവൃത്തികളുണ്ടാവും ആ പ്രവൃത്തി കൊണ്ട് അതിൻ്റെ ഫലമായി ആനന്ദത്തെ അനുഭവിക്കും ആനന്ദത്തെ അനുഭവിക്കുന്ന ആ തലം അതാണ് ഭോക്താവിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ തലം അതിനപ്പുറം പിന്നീട് ഭോക്താവിനൊന്നും ചെയ്യാനില്ല അനുഭവിക്കുന്നവനെ സംബന്ധിച്ച് പരമാവധി എന്താണ് അനുഭവം തന്നെ അതിനപ്പുറം എന്താ ആ അനുഭവത്തിന് വേണ്ടിയിട്ടാണ് മറ്റുപാധികളെല്ലാം സ്വീകരിക്കുന്നത് ആത്യന്തികമായ അനുഭവമോ അത് ഈ ആനന്ദത്തിന്റെ അനുഭവത്തിൽ അന്തരതമശ ആനന്ദമായ ആത്മ പൂർവീഭ്യ അതുകൊണ്ട് മുൻകോശങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ആന്തരികമായിരിക്കുന്നത് ആന്തരികമെന്നു പറഞ്ഞാൽ ആ ജീവനോട് ചേർന്ന് നിൽക്കുന്നു ജീവനോട് അടുത്ത് നിൽക്കുന്നത് സൂക്ഷ്മമായിരിക്കുന്നത് ആനന്ദമയമാണ് അതുകൊണ്ടാണ് ആനന്ദം ഉള്ളിൽ അനുഭവിക്കുന്നത് ആനന്ദത്തിന്റെ പരമമായ കാഷ്ടയിൽ മറ്റൊന്നും ഇല്ലാതാകും മറ്റ് കോശങ്ങൾക്കൊന്നും കൂടെ പ്രവർത്തനം ഇല്ലാതാകും ജീവൻ സ്വയം ആനന്ദ സ്വരൂപനായിത്തീരുന്നു അതുകൊണ്ട് തന്നെ ജീവൻ അതെ ആ ജീവന് ഏറ്റവും അടുത്തിരിക്കുന്നു ജീവനോട് ഏറ്റവും ചേർന്നിരിക്കുന്നു ആയതുകൊണ്ട് ജീവൻ ആനന്ദത്തെ ആഗ്രഹിക്കുന്നു മറ്റ് ഏതിനേക്കാൾ ശ്രേഷ്ഠമായി ജീവൻ ആഗ്രഹിക്കുന്നത് പ്രാപിക്കാൻ ഇഷ്ടപ്പെടുന്ന ആനന്ദത്തെയാണ് അന്നം പ്രാണം മനസ്സ് ബുദ്ധി എല്ലാം ഈ ആനന്ദത്തിനു വേണ്ടിയാണ് അതുകൊണ്ട് അത് അന്തരനോമമാണ് പൂർവീഭ്യ മറ്റുള്ളതിനെല്ലാം അപേക്ഷിച്ചത് ജീവൻ അതിനു വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്നു ആനന്ദത്തിനു വേണ്ടി മറ്റു കോശങ്ങളെ ആശ്രയിക്കുന്നു മറ്റുപാധികളെ ആശ്രയിക്കുന്നു അതിനാശ്രയിച്ചുള്ള വിദ്യാകർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നു അങ്ങനെ വിദ്യാകർമ്മോഹോ പ്രിയ അർത്ഥത്വ വിദ്യയും കർമ്മവും ഉപാസനയും കർമ്മങ്ങളും എല്ലാം പ്രിയം മോദം പ്രമോദം ഇവയ്ക്ക് വേണ്ടിയിട്ടാണ് അതെല്ലാം ആനന്ദത്തിന്റെ ഭാഗമാണ് വി ഉപാസനയും കർമ്മവും അതിനെന്താണ് പ്രേരകമായിരിക്കുന്നത് എന്തിനു വേണ്ടി അത് അനുഷ്ഠിക്കുന്നു പ്രിയാതിപ്രയുക്തോദപ്രമോദങ്ങൾക്ക് വേണ്ടി അത് നിമിത്തമായി അതിനുവേണ്ടി ഉപാസനയും കർമ്മവും അനുഷ്ഠിക്കുന്നു ആനന്ദത്തിനുവേണ്ടി വിദ്യയും കർമ്മവും എല്ലാവരും അനുഷ്ഠിക്കുന്നില്ലല്ലോ ഉപാസനയും കർമ്മങ്ങളും അല്ലല്ലോ ഇവിടെ പറയുന്നത് വിവേകികളെ സംബന്ധിച്ച് വിവേകമില്ലാത്ത മൃഗസമാനരായ മനുഷ്യർ ഒരു യമോദപ്രമോദങ്ങൾക്ക് വേണ്ടി മറ്റുപാധികളെ ആശ്രയിക്കുന്നു പക്ഷെ അതിൽ നിന്നും ലഭിക്കുന്ന ആനന്ദത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ഉപാസനയിലും കർമ്മത്തിലും നിന്ന് ലഭിക്കുന്ന ആനന്ദം അതാണ് കർമ്മത്തിന്റെ ഫലം സ്വർഗം എന്ന് പറയുന്നത് ഉപാസനയുടെ ഫലം സുഖം സമാധിസുഖം എന്നെല്ലാം പറയും സാധാരണ പറയാറുണ്ടല്ലോ സാധാരണ ഇനി എവിടെയും പറയും സുഖ താരതമ്യം സാധാരണ സുഖങ്ങളെല്ലാം അപേക്ഷിച്ച് ഒരേ സുഖമാണ് സമാധിസുഖം ആ സുഖം കിട്ടാൻ വേണ്ടി മറ്റു സുഖങ്ങളെയെല്ലാം മാറ്റിട്ട് ഉപാസനയിൽ ഏർപ്പെടുന്നു എല്ലാം തിരിക്ക് ഉപേക്ഷിച്ചതിൽ നിന്ന് കിട്ടുന്ന സുഖങ്ങൾ തുച്ഛമാണ് ക്ഷണികമാണ് എന്നൊരു ജീവന് തോന്നുമ്പോൾ പരമമായ സുഖം എന്താണ് അതിനുവേണ്ടി ഉപാസന സ്വീകരിക്കുന്നത് അതിന് നിമിത്തം എന്താണ് വിദ്യക്കും കർമ്മത്തിനും ഉപാസനയ്ക്കും നിമിത്തം പ്രിയാദികൾ തന്നെ തസ്മ പ്രിയാദീന ഫലരൂപണാം ആത്മസന്നിഗർഷ വിജ്ഞാനമയസ്യ ആഭ്യന്തരത്വം ഉപപദൃത അതുകൊണ്ട് പ്രിയാദികൾ ഫലരൂപത്തിലുള്ളതാണ് വീണ്ടും പറയുകയാണ് പ്രിയം മോദം പ്രമോദം എന്നീ ഭാഗങ്ങളോടുകൂടിയിരിക്കുന്ന ഈ ആനന്ദം അത് ഫലമാണ് ആത്മാവല്ല ഫലം ആത്മാവല്ല എന്തിന്റെ ഫലം ഉപാസനയുടെയും കർമ്മത്തിന്റെ സത്കർമ്മങ്ങളുടെ ഫലം ദുഷ്കർമ്മങ്ങൾക്ക് പാപം ഉണ്ടാകുന്ന ദുഃഖം ഉണ്ടാവും ഇവിടെ പറയുന്ന സത്കർമ്മങ്ങൾ ഇവിടെ സത്കർമ്മം എന്ന് പറയുമ്പോഴും പ്രത്യേകിച്ചും വൈദികമായ കർമ്മം ലൗകികമായ കർമ്മങ്ങൾ കൊണ്ട് ലൗകികമായ ഫലത്തെ കിട്ടും വൈദികമായ കർമ്മം കൊണ്ട് സ്വർഗഫലത്തെ കിട്ടും ദുഃഖ സംസ്പർശമില്ലാത്ത സുഖം അതാണ് സ്വർഗത്തെക്കുറിച്ച് പറയുന്നത് ആ സുഖം ഫലരൂപണോ അത് ഫലമാണോ അതാണ് ആനന്ദമയ കോശം ജീവൻ എപ്പോഴാണോ ആ പുണ്യ ഫലത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ആനന്ദമായ കോശത്തിലാണ് അതുകൊണ്ടെന്നാണ് ആത്മസന്നി അത് ആത്മാവിനോട് ചേർന്നിരിക്കുന്ന ആത്മാവിനോട് അത്യന്തം സമീപത്തിലിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ആനന്ദത്തെ ചിലപ്പോൾ അത് ആത്മം ആത്മാവാണെന്ന് തെറ്റിദ്ധരിക്കുക അതല്ല അത് ആത്മാവല്ല മനുസുഖവും ആത്മാവുമായിട്ട് എന്താ ബന്ധം ആത്മാവ് സ്വയം സുഖസ്വരൂപം തന്നെ പക്ഷെ ഫലരൂപത്തിലുള്ള സുഖമല്ലൂപമെന്ന് പറഞ്ഞാൽ എന്താണ് സുഖത്തിന്റെ സ്വരൂപം സുഖത്തിന്റെ വാസ്തവ സ്വരൂപം ആത്മാവ് ആ അവിടെ ഇവിടെ പറയും അഭിവ്യക്തമാകുന്നു പ്രകടമാകുന്നു ഓരോ ഉപാധികളെ ആശ്രയിച്ച് അത് ഉപാധികൾപ്പെടുന്നതാണ് കർമ്മവും അതിൻ്റെ ഫലമായി വരുന്ന പുണ്യവും ഉപാസനയും അതിന്റെ ഫലമായി വരുന്ന മനസിന്റെ മാറ്റവും അതെല്ലാം ഫലമായി വരുന്നതാണ് അതൊക്കെ ഉപാധികളാണ് ആ ഉപാധികളിലൂടെ സുഖത്തിന്റെ സ്വരൂപമായ ആത്മാവ് സുഖത്തിന്റെ ഉറവിടമായിരിക്കുന്ന ആത്മാവ് ഉപാധികളുടെ സാന്നിധ്യത്തിൽ അവിടെ സുഖം പ്രകടമാകുന്നു അപ്പൊ സുഖം എവിടെയിരിക്കുന്നു ആത്മസന്നികർഷമായിരിക്കുന്നു ആത്മാവിനോട് ചേർന്നിരിക്കുന്നു ബന്ധപ്പെട്ടിരിക്കുന്നു ആ ബന്ധപ്പെട്ടിരിക്കുന്ന ആത്മാവ് അതാണ് ആനന്ദമയം വിജ്ഞാനമേ അഭ്യന്തരത്വം അതുകൊണ്ട് അത് വിജ്ഞാനത്തെക്കാൾ അഭ്യന്തരമായിരിക്കുന്നു അപ്പൊ വിജ്ഞാനവും ആനന്ദത്തിനു വേണ്ടിയാണ് ആനന്ദത്തിൽ പിന്നെ വിജ്ഞാനത്തിന്റെ ആവശ്യമാണ് ആനന്ദത്തിന്റെ ആവിർഭാവത്തിന് വിജ്ഞാനം ഒരു ഉപാധിയായി മാറുന്നു വിജ്ഞാനം എങ്ങനെയാണോ ആത്മാവല്ലാതായിരിക്കുന്നത് അതുപോലെ ആനന്ദവും ആത്മാവല്ല അതാണ് ഭാഷകാരൻ പറഞ്ഞു വരുന്നത് എന്നാൽ ആനന്ദത്തിന്റെ സ്വരൂപമാണ് ആത്മാവ് ആഭരണത്തിന്റെ സ്വരൂപമാണ് സ്വർണ്ണം എന്ന് പറയുന്നത് അതാണിത് തമ്മിലുള്ള ബന്ധം പ്രിയാതിവാസന നിർവൃത്തോ ഹി ആനന്ദമയോ വിജ്ഞാനമയോ ആശ്രിത സ്വപ്ന ഉപലഭ്യതേ പ്രിയാതി വാസനകളിൽ നിന്നുണ്ടാകും പ്രിയാദികൾ ജാഗ്രതയിലുണ്ടാവും ജാഗ്രതത്തിലാണല്ലോ ഉപാസനങ്ങളും കർമ്മങ്ങളും അതിൻ്റെ ഫലമായി ആത്മാവിനോട് ചേർന്ന് അതുകൊണ്ടാണ് സാറിന് പറയുന്നത് എന്താണ് ആനന്ദ ഉള്ളിലാണ് പുറമേണ്ട പുറമേ കാണുന്നില്ല ഉപാധികളാണ് എന്ന് പറയാൻ എന്തുകൊണ്ടാണ് കാരണം കാരണം അത് ആത്മാവിനോട് ഭോക്താവിനോട് ഏറ്റവും സമീപത്തിലിരിക്കുന്നു ആത്മാവ് തന്നെ ഭോക്താവായി മാറുന്നു ഉപാധികളുടെ സഹായത്തോടു എന്തിനാണ് ഭുജിക്കുന്നത് ആനന്ദത്തെ അത് ശരീരത്തിന്റെ തലത്തിൽ മനസ്സിന്റെ തലത്തിൽ പ്രാണന്റെ തലത്തിൽ നിന്നെല്ലാം മുകളിലാണ് എന്ന് പറയാം സൂക്ഷ്മമായിട്ടാണ് ആനന്ദത്തിൽ പിന്നീട് ഇവിടെ ആനന്ദത്തെ അനുഭവിക്കുന്നവരും അവിടെ അന്നമയമില്ല ശരീരമില്ല മനസ്സില്ല ബുദ്ധിയില്ല പ്രാണനില്ല ഒന്നിനും അവിടെ സ്ഥാനമില്ല ആനന്ദത്തിൽ ആനന്ദത്തിന് മാത്രമേ ഉള്ള സ്ഥാനം മറ്റൊന്നിന് സ്ഥാനമില്ല എന്നുള്ളതിലൂടെ ഒരു ഉദാഹരണം പറയുകയാണ് എന്താണ് പ്രിയാതി വാസന നിർവൃത്തോ ഹ്യാനന്ദമയോ ആനന്ദമയൻ സ്വപ്നദൃഷ്ടാവ് അല്ലെങ്കിൽ സ്വപ്നാധിഷ്ഠാനം വിജ്ഞാനമയാശ്രിത വിജ്ഞാനമയാശ്രിതനായി സ്വപ്നത്തിൽ വിജ്ഞാനമുണ്ടല്ലോ സ്വപ്നത്തിൽ വിജ്ഞാനമുണ്ട് ആനന്ദമുണ്ട് അവിടെ ക്രിയാതിവാസനകളിൽ നിന്നുണ്ടാകുന്നതാണ് അവിടുത്തെ ആനന്ദം എന്തുകൊണ്ടങ്ങനെ പറയുന്നു ജാഗ്രത്തിൽ കർമ്മമുണ്ട് ഉപാസനയുണ്ട് വേദമുണ്ട് പ്രമാണങ്ങളുണ്ട് അതനുസരിച്ച് കർമ്മങ്ങളും ഉപാസനകളും അനുഷ്ഠിക്കുന്നു ഇവിടെ പ്രിയമോദ പ്രമോദങ്ങളോടുകൂടിയ ആനന്ദമായ കോശം അതിന്റെ ഉപഭോക്താവായി മാറുന്ന ജീവൻ സ്വപ്നത്തിൽ ഇതൊന്നുമില്ലല്ലോ കർമ്മം അനുഷ്ഠിക്കാൻ അവിടെ പ്രാണമയ കോശവുമില്ല ജാഗ്രതത്തിലും മനോമയ കോശം അവിടെയില്ല പക്ഷെ എന്നാലും ഒരു ഭോക്താവ് അവിടെ ആനന്ദത്തെ അനുഭവിക്കുന്നു എന്തിൻ്റെ സഹായത്തോടുകൂടി വിജ്ഞാനത്തിൻ്റെ സഹായത്തോടുകൂടി സ്വപ്നദൃഷ്ടാവ് വിജ്ഞനാണ് അവിടെ ഈ ജാഗ്രത നിമിത്തങ്ങളൊന്നും കൂടാതെ ജാഗ്രത നിമിത്തങ്ങൾ ദുഃഖത്തിന് ഹേതുവായിരിക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ ജാഗ്രതയിലൊരുവൻ ദരിദ്രനായിരിക്കുന്നു ജാഗ്രത രോഗിയായിരിക്കുന്നു ജാഗ്രതത്തിലൊരുവൻ സദാ ദുഃഖത്തെ അനുഭവിക്കുന്നു പക്ഷെ സ്വപ്നത്തിലോ അവൻ ആനന്ദത്തെ അനുഭവിക്കാം സ്വപ്നത്തിൽ ദുഃഖത്തെ അനുഭവിക്കാം പാവഫലമായി പക്ഷെ ഇവിടെ പുണ്യഫലമായ ആനന്ദത്തെക്കുറിച്ച് പറയാം അതാണ് പ്രിയാതിവാസനം എന്ന് പറയുന്നത് ജാഗ്രതത്തിൽ ആർജിച്ച ആനന്ദവാസനമുണ്ട് വിജ്ഞാനത്തിൻ്റെ സഹായത്തോടുകൂടി ആ ജീവൻ സ്വപ്നത്തിൽ ആനന്ദമേനായിരിക്കുന്നു ഈ ജാഗ്രതത്തിൽ കാണുന്ന ഉപാധികളെ ഒന്നും ആശ്രയിക്കാതെ വിജ്ഞാനവും ആനന്ദവും രണ്ടും മാത്രം സ്വപ്നത്തെ നിലനിൽക്കുന്നു എന്ന നമ്മുടെ വിജ്ഞാനത്തിന്റെ സൃഷ്ടിയായി മറ്റു പേരെ വരാം പക്ഷെ ജാഗ്രതത്തിലുള്ളതൊന്നും അവിടെയില്ല ജാഗ്രത്തിലെ സ്ഥൂല ശരീരം അവിടെയില്ല ജാഗ്രത ഉപാധികളല്ല പക്ഷെ സ്വപ്നത്തിൽ ആനന്ദത്തെ അനുഭവിക്കുന്നു അതെ സ്വപ്ന ഉപലബ്യതേ ആ സ്വപ്നത്തിൽ ആ ഭോക്താവ് വിജ്ഞാനമയനായി നിന്നുകൊണ്ട് ആനന്ദത്തെ അനുഭവിക്കുന്നു അപ്പോൾ ഈ ആനന്ദം അന്നപ്രാണ മനസ്സ് ഇതിനെയെല്ലാം വിട്ട് ജീവൻ അനുഭവിക്കുന്ന ഒന്നാണ് ഫലമാണ് അത് കോശമാണ് എന്നിവിടെ സമർത്ഥിക്കുക അതാണ് പറയുന്നത് ഞാൻ സുഖിച്ചു ഞാൻ ആനന്ദിച്ചു എല്ലാം മറന്നു മറന്നു പറഞ്ഞാൽ എന്താ അവിടെ ആ ജീവന് അന്ന പ്രാണ മനസ്സുകളുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നില്ല അതെല്ലാം അവിടെയുണ്ട് ജാഗ്രത ആണെങ്കിൽ പോലും കേവലം വിജ്ഞാനമയത്തെ ആശ്രയിച്ചു ആനന്ദത്തെ അനുഭവിക്കുന്നു അപ്പോൾ ആനന്ദ അത് മറ്റെല്ലാത്തിനപേക്ഷിച്ച് ആന്തരികമാണ് ആത്മാവിനോട് ആത്മാവെന്ന് പറഞ്ഞാൽ ജീവൻ ജീവനോട് ചേർന്നിരിക്കുന്ന ജീവനെന്ന് തന്നെ പിരിക്കാൻ വയ്യ ജീവന്റെ സ്വരൂപം തന്നെ ആനന്ദത്തിന്റെ സ്വരൂപം ആനന്ദ പറഞ്ഞ സ്വർണവും ആഭരണവും പോലെ അങ്ങനെ വിജ്ഞാനമായി ആശ്രിതനായി ആനന്ദത്തെ അനുഭവിക്കുന്നു അവിടെ ഒരു അനുഭവം ഉണ്ടല്ലോ അനുഭവിക്കുന്ന ഒരു ഭോക്താവുണ്ടല്ലോ ജ്ഞാതാവായും ഭോക്താവായും ഇരിക്കുന്ന ജീവൻ അവിടെയുണ്ട് ആനന്ദം ഉണ്ടെന്നല്ല ആനന്ദത്തെ അനുഭവിക്കുന്നുണ്ടോ അനുഭവം എന്താണോ അത് ആണ് വിജ്ഞാനം വിജ്ഞാനത്തെ തന്നെയാണ് അനുഭവം എന്ന് പറയുന്നത് അവിജ്ഞാനത്തിന് വിഷയമായിരിക്കുന്ന എന്തവിടെ ആനന്ദം ഭോക്താവുമുണ്ട് അവിടെ ആനന്ദമയും കോശം തന്നെയാണ് ആനന്ദത്തെ അനുഭവിക്കുമ്പോൾ അത് അവിടെ ഒരു ഭോക്താവുണ്ട് ആനന്ദത്തെ അവൻ അനുഭവിക്കുന്ന അവിടെ അനുഭവമുണ്ട് ജ്ഞാതാവുണ്ട് അപ്പൊ ജീവൻ ജ്ഞാതാവും ഭോക്താവുമായിരുന്നു ആനന്ദത്തെ അനുഭവിക്കുന്നു അത് ഈ അന്നമയാദികളുടെ സഹായം അന്നമയാദികളെ അപേക്ഷിക്കാതെയാണ് ആനന്ദത്തിന്റെ അനുഭവ തലത്തിൽ അന്നമയാദികൾക്ക് നിലനിൽപ്പില്ല എന്നാണ് അത് വിശേഷിച്ചും വിദ്യയുടെയും കർമ്മത്തിൻ്റെയും അതുകൊണ്ടാണ് പറയുന്നത് കർമ്മത്തിൻ്റെ ഫലമായി മരിച്ചതിന് ശേഷം വേറെ ഒരു ലോകത്ത് പോകുന്നു എന്നെല്ലാം പറയുന്നു സർഗ്ഗമെന്ന് വരുന്ന ഒരു സ്ഥലത്ത് പറയുന്നത് കൊണ്ടാണ് കർമ്മം സത്കർമ്മം അത് പുണ്യഫലത്തിൽ ഉണ്ടാക്കും അതും വിഹിതമായ സത്കർമ്മം വേദവിഹിതമായ സത്കർമ്മം വർദ്ധിച്ച പുണ്യത്തെ ഉണ്ടാക്കും വർദ്ധിച്ച പുണ്യം വർദ്ധിച്ച സുഖത്തെ കൊടുക്കും ആ വർദ്ധിച്ച സുഖം ഇതിന് ഈ ബന്ധം എന്ന് അന്നപ്രാണ മനസ്സുകളുമായിട്ടൊന്നും അതിന് ബന്ധമില്ല അതുകൊണ്ട് പറയുന്ന മരണശേഷം എന്നുവെച്ചാൽ ഈ ശരീരം നശിച്ചതിന് ശേഷം വേറെ ഒരു ലോകത്ത് പോയി അതനുഭവിക്കുന്നു ഈ ലോകവുമായി ബന്ധമില്ല എന്ന് പറഞ്ഞാൽ ഈ ശരീരം ഉൾപ്പെടെ അന്നമയാവധി കോശങ്ങളുമായി അതിന് ബന്ധമില്ല എന്നല്ലത് ഏറ്റവും വലിയ ആനന്ദമാണ് അത് തന്നെ വിദ്യയെക്കുറിച്ചും പറയുന്നു ഉപാസനയിൽ ഉപാസനയിൽ എന്താണെന്ന് പറയുന്നു ശരീരത്തെ വിസ്മരിക്കുന്നു എന്നിട്ട് ആനന്ദത്തെ അനുഭവിക്കുന്നു അനുഭവത്തെ അംഗീകരിക്കുന്നുണ്ട് അതാണ് വിദ്യയുടെ ഫലം ഉപാസനയുടെ ഫലം പറയുന്നത് ലൗകികമായ ആനന്ദത്തെ ശ്രേഷ്ഠമാണ് ലൗകികമായ ആനന്ദം എന്ന് പറയുമ്പോൾ അവിടെ ഈ ശരീരത്തിൻ്റെ സാന്നിധ്യത്തിൽ ശരീരത്തിന് മുഖ്യമായ ഉപാധിയായി സ്വീകരിച്ചുകൊണ്ട് ആനന്ദത്തെ അനുഭവപ്പെടും അനന്ത അനുഭവവേളയിൽ ശരീരത്തിന് നിലനിൽപ്പില്ലെങ്കിലും ആനന്ദത്തിന്റെ ഉത്പത്തിയിൽ ശരീരം ഹേതുവാണ് ശരീരപ്രാണമനസ്സുകൾ ആനന്ദത്തിന്റെ ഉത്പത്തിയിൽ ഹേതുക്കളാണ് പക്ഷേ ഉത്പന്നമാകുന്ന ആനന്ദം അത് അനുഭവതലത്തിൽ അത് അനുഭവ രൂപത്തിൽ തന്നെ ഉത്തന്നോ അനുഭവതലത്തിൽ പിന്നെ ഇതിൽ നിസ്താണ് അതുകൊണ്ട് പറയുന്നു സമാധി സുഖം ഉപാസനയുടെ ഫലമായ സുഖം അവിടെ ശരീരത്തെ വിസ്മരിച്ചു യോഗി ശരീരത്തെ വിസ്മരിച്ചു കൊണ്ട് ഇതെല്ലാം എന്താണ് ആനന്ദമയ കോശത്തിന്റെ തലത്തിലാണ് ഇവിടെ അനുഭവമുണ്ടോ അവിടെ കോശം അതിന് ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് സ്വപ്നം സുഷൃതിയെ ചർച്ച ചെയ്യും സ്വപ്നത്തിൽ ആനന്ദാനുഭവമുണ്ട് മറ്റൊന്നും അവിടെ നിലനിൽക്കുന്നില്ല ജാഗ്രതയിലൊന്നും തന്നെ അവിടെയില്ല തസ്യാനന്ദമയസ്യ ആത്മനഹ ഇഷ്ടപുത്രാദി ദർശനജും പ്രിയും ശിരൈവശിര മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കോശത്തിന്റെ ശിരപക്ഷാധികളെ കുറിച്ച് പറയാണ് ആനന്ദമയനായ ആത്മാവ് ആനന്ദത്തിന്റെ ഭോക്താവായിരിക്കുന്ന ആത്മാവ് ആനന്ദത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവൾ ആത്മാവ് അത് കർമ്മം കൊണ്ടായാലും ശരി ഉപാസന കൊണ്ടായാലും ശരി ഇഷ്ടപുത്രാദി ദർശനജം പുത്രാദികൾ ഇഷ്ടമായ പുത്രാദി പുത്രം ഭാര്യ ധനം തുടങ്ങിയ വസ്തുക്കൾ അതിന്റെ ദർശനം കൊണ്ട് ഉണ്ടാകുന്നതാണ് പ്രിയം അത് ശിരസ് പോലെയാണ് പ്രാധാന്യം അതിന്റെ ജ്ഞാനം കൊണ്ടുണ്ടാകും ഇഷ്ടജ്ഞാനം ഇഷ്ടസ്മരണം അതിന് ആനന്ദത്തെ ഉണ്ടാക്കുന്നുണ്ടല്ലോ എങ്ങനെയാണോ അനിഷ്ടജ്ഞാനം അനിഷ്ടസ്മരണം ദുഃഖത്തെ ഉണ്ടാകുന്നു അതിനു വിപരീതമായി ഇഷ്ടസ്മരണം ഇഷ്ടജ്ഞാനം അത് സുഖത്തെ കൊടുക്കുന്നു അത് മതി ഇനി മോദയിരി പ്രിയ ലാഭനിമിത്തവശ ഇനി അത് കരകതമാകുക അനുഭവയോഗ്യമായി തീരുക അത് ഹർഷമാവും അങ്ങനെ ഹർഷമെന്ന് പറയുന്നു ഹർഷം അത് പ്രത്യേകിച്ച് നിശ്ചിത അർത്ഥമുള്ള ശബ്ദങ്ങളെന്നുള്ള രീതിയിലല്ല ഉപയോഗിക്കുന്നു ആനന്ദത്തിന്റെ താരതമ്യത്തെ കാണിക്കാൻ വേണ്ടിട്ടാണ് സുഖത്തെക്കുറിച്ചുള്ള സ്മരണ തന്നെ സുഖത്ത് സുഖത്തെക്കുറിച്ചുള്ള അറിവ് തന്നെ സുഖത്തെ ഉണ്ടാകുന്നു ഇത് സുഖത്തെ നൽകുന്നതാണെന്നറിവ് മതി ഇത് ദുഃഖത്തെ നൽകുന്നതാണെന്നുള്ള അറിവ് ദുഃഖത്തെ ഉണ്ടാകുന്നു ദുഃഖമോ അതിനോട് അനുബന്ധമായി വരുന്ന ഭയ തുണിയ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നു പക്ഷേ ഇത് സുഖം തരുന്നതാണെന്നുള്ള അറിവ് അറിവ് തന്നെ സുഖത്ത് കൊടുക്കുന്നു ആ അരവ് സുഖത്തെ കൊടുക്കുന്നതുകൊണ്ടാണ് അതിനെ പിന്തുടർന്ന് അതിന്റെ പ്രാപ്തിക്ക് വേണ്ടി എത്തിക്കുന്നു അണു പ്രിയ ലാഭം നിമിത്തം സുഖവസ്തു പ്രാപ്തമാകുന്നു ഹർഷം അത് പ്രാപ്തമാവുമ്പോൾ ഹർഷം വരുന്നു കൽപ്പായസം അനുഭവിച്ചിട്ടുള്ളവൻ അതിന്റെ സ്മരണ അസുഖത്തെ കൊടുക്കുന്നു അത് കയ്യിൽ കെട്ടുമ്പോഴോ അസുഖം വർദ്ധിക്കുന്നു അതിന് ഹർഷവും പോലെ ഇതെല്ലാം ജീവൻ ആനന്ദമായ കോശത്തിൽ ഭോക്താവായിരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇനി സൈവജ പ്രകൃഷ്ഠോ ഹർഷ പ്രമോദ പിന്നെ അതിന്റെ അനുഭവമേണി അതാണ് പ്രകൃഷ്ടമായ ഹർഷമെന്ന് പറയുന്നത് അത് കരഗതമായാലും ശരി കയ്യിൽ കിട്ടുന്നത് സന്തോഷം തന്നെ പക്ഷെ അതനുഭവിക്കുമ്പോഴോ അത് ഹർഷം എന്നുപറയുന്നു പ്രമോദം പ്രകൃഷ്ടമായ ഹർഷം പ്രമോദം ആനന്ദയി സുഖസാമാന്യം ആത്മാ ശിരസ് പ്രിയം മോദം പ്രമോദം അത് മന്ത്രത്തിൽ പറഞ്ഞു പ്രിയം ത ശിര മോദോ ദക്ഷിണപക്ഷമോദ ഉത്തരപക്ഷ സമാധി സുഖം വരെയുള്ളതെല്ലാം ഈ തരത്തിൽപ്പെടുന്നു കാരണം പറഞ്ഞല്ലോ ഇത് ഉപാസനയുടെയും കർമ്മത്തിൻ്റെയും ഫലമാണ് അവിടെ ജീവൻ ഭോക്താവായി നിന്ന് ഈ സുഖത്തെ അനുഭവിക്കുന്നു അല്ലേ സമാധി എന്ന് ഉള്ളതിന് ശേഷം പറയുന്നു ഞാൻ പരമമായ സുഖത്തെ അനുഭവിച്ചു ആരാ അനുഭവിച്ചത് ജീവൻ ആരായിട്ട് അനുഭവിച്ചു ഭോക്താവായി അനുഭവിക്കുന്നവനായി അവിടെ ഒരു ഭോക്താവുണ്ടല്ലോ പറയാൻ കഴിയുന്നു ഞാൻ അതിനെ അനുഭവിച്ചു എന്നോട് സ്മരിക്കാൻ കഴിയുന്നു ഭോക്താവാണ് സ്മരിക്കുന്നത് ഭോക്താവ് അനുഭവത്തെ സ്മരിക്കുന്നു അനുഭവത്ത് അത് പരവുമായി നിലപ്രാപിക്കുന്നു ആനന്ദം അതാണ് പ്രമോദം പക്ഷേ പൊതുവായിരിക്കുന്ന ഒന്നുണ്ട് അതിനെ നമുക്ക് പറയാം ആനന്ദം പേരിലല്ല ശബ്ദത്തിലല്ല ആശയത്തെക്കുറിച്ച് പറയുക പ്രിയമായാലും മോദമായാലും പ്രമോദമായാലും സർവത്ര അനുചിതമായിരിക്കുന്നതിന് അതാണ് ആനന്ദം സുഖസാമാന്യം അതിന് സുഖം എന്ന് പറയാം ഇവിടെ സുഖത്തിന് ഏറ്റക്കുറച്ചിലുണ്ടെന്നേ ഉള്ളൂ എങ്ങനെയുള്ള ബാഹ്യമായി ശീതം അതിനേറ്റക്കുറച്ചിലുണ്ട് ഉഷ്ണം ഏറ്റക്കുറച്ചിലുണ്ട് പ്രാപഞ്ചികമായ ദ്വാത്മകമായ സർവത്തിനുണ്ട് സാദിശയി സാദിശയ അവസ്ഥ കൂടിയും കുറഞ്ഞു ഇരിക്കുന്ന അവസ്ഥ പക്ഷെ അതിനെല്ലാം പൊതുവായിരിക്കുന്ന എന്താണ് ആ സുഖം തന്നെ ഉഷ്ണം കൂടിയാലും കുറഞ്ഞാലും ഉഷ്ണം തന്നെ ശീതം കൂടിയാലും കുറഞ്ഞാലും അത് തന്നെ സുഖം കൂടിയാലും കുറഞ്ഞാലും സുഖം തന്നെ ആ സുഖത്തെ ആത്മാത്മാവ് എന്തിന്റെ ആത്മാവ് ആനന്ദമയ കോശത്തിന്റെ ആത്മാവ് എന്തുകൊണ്ട് പ്രിയാദീനാം സുഖാവയവാനാം തേശു അനുസ്യൂതത്വ പ്രിയാതി സുഖാവയവങ്ങളാണ് കാരണം അവിടെ സുഖത്തിന് ഏറ്റക്കുറച്ചിനും ഉണ്ടല്ലോ അതുകൊണ്ടത് സുഖാവയവങ്ങളാണ് അനുസ്യൂതത്വ അതെല്ലാം ഈ ആനന്ദത്തിൽ ഇരിക്കുന്നു നേരത്തെ കുറഞ്ഞെന്താണ് എങ്ങനെയാണ് ശരീര മധ്യത്തിൽ മധ്യം ഈ ശരീരത്തിന് ആത്മാവായിരിക്കുന്നു എന്തുകൊണ്ട് അവയവങ്ങൾ ശിരസ് പാണി പാദം എല്ലാം അതിനെ ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ട് ശരീരമധ്യത്തെ ആത്മാവെന്ന് പറയാം ശരീരത്തിൻ്റെ അതുപോലെ ഈ ആനന്ദമാണ് ആത്മാവ് ഏതെന്തിനാണോ പ്രിയ മോദപ്രമോദങ്ങൾ അവയവരൂപത്തിലിരിക്കുന്നത് അതാത്മാവ് അത്യാവശ്യ അനുസ്തത്വം അതാണ് പറഞ്ഞത് ആനന്ദത്തിന്റെ സ്വരൂപം അതാണെന്ത് ആനന്ദ ഇത് പരമ്പര അതാണ് പരമ്പ്രഹ്മ എന്ന് പറയുന്നത് അപ്പോൾ ബ്രഹ്മം ആനന്ദ സ്വരൂപം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കുന്നു ഞാൻ അനുഭവിച്ച ആനന്ദമാണ് ബ്രഹ്മം എന്നല്ല തന്നെ അനുഭവിച്ച ആനന്ദത്തിനും ഒരു വാസ്തുവ സ്വരൂപമുണ്ട് നേരത്തെ പറഞ്ഞ ഏതോ വാച്ചോ നിവർത്തന്ത അപ്രാപ്തി മനസ്സാസുഹ മനസ്സും പിന്മാറുന്നട സുഖത്തെ അനുഭവിക്കുമ്പോ അത് പ്രിയമായത് ചെയ്യും ഹർഷമായാലും ശരി മോദമായാലും ശരി പ്രമോദമായാലും ശരി ഉപാധികൾക്കനുസരിച്ച് മാറ്റം വരുന്നു ആടത്ത് പറയും മന അന്ധകരണ വൃത്തികൾക്കനുസരിച്ച് മാറ്റം വരും അത് ഏതായാലും ശരി ആ ആനന്ദത്തെ അനുഭവിക്കുമ്പോൾ അത് സമാധി സുഖമായാലും ശരി അവിടെ ആ അനുഭവിക്കുന്നു ആനന്ദത്തെ അനുഭവിക്കുന്നു ആനന്ദത്തിന് ആധാരമായിരിക്കുന്നത് അതാണ് ആനന്ദത്തിൻ്റെ സ്വരൂപം ആഭരണത്തിന് ആധാരമായിരിക്കുന്നു സ്വർണം അതുകൊണ്ട് ആഭരണത്തിൻ്റെ സ്വരൂപമാണ് സ്വർണം ഈ ഒരു വ്യത്യാസമാണ് ഇവിടെ അതുകൊണ്ട് എന്താണ് ഈ ആനന്ദത്തെ പരം ബ്രഹ്മമെന്നും പറയാം എന്തുകൊണ്ട് ഈ ആനന്ദത്തിന്റെ സ്വരൂപമാണ് പരമ്പ്രഹ്മിശുഭകർമ്മണ പ്രത്യുപസ്ഥാപ്യമാനേ പുത്രമിത്രാദിവിഷയ വിശേഷ ഉപാധൗ അന്ധക്കരണവൃത്തിവിശേഷേ തമസ അപ്രഛാദ്യമാനെ പ്രസന്നേ അഭിവ്യജ്യത പറഞ്ഞല്ലോ സുഖസ്വരൂപം സുഖത്തിന്റെ സ്വരൂപത്തെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അത് പ്രകടമാകുന്നു അതിന്റെ അഭിവ്യക്തി അതാണ് ആനന്ദാനുഭവം എന്ന് പറയുന്നത് അത് വിഷയ സുഖാനുഭവമായാലും ശരി ലൗകികമായ വിഷയങ്ങളെയെല്ലാം വിട്ട് അലൗകികമായ വിഷയാനുഭവം ആയാലും ശരി സ്വർഗമോ സമാധിയോ എന്തായാലും ശരി എല്ലായിടത്തും സംഭവിക്കുന്ന ഇതാണ് ശുഭകർമ്മണ പ്രത്യുപസ്താപ്യമാനെ പുത്രമിത്രാദി വിഷയവിശേഷോപാധവും പ്രത്യുപസ്ഥാപ്യമാനെ പുത്രൻ ആനന്ദത്തെ കൊടുക്കുന്നു മിത്രം ആനന്ദത്തെ കൊടുക്കുന്നു സമ്പത്ത് ആനന്ദത്തെ കൊടുക്കുന്നു ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ ആ വിശേഷങ്ങൾ അനുകൂലമായി വരുമ്പോൾ അതാണ് പ്രത്യുപസ്ഥാപ്യമാനെ എങ്ങനെ ശുഭകർമ്മങ്ങളെ കൊണ്ടു പുത്രൻ സുഖത്തിന് കാരണം വരണം പക്ഷെ പുണ്യകർമ്മം കൊണ്ട് പുത്രൻ അനുകൂലമായി വന്നാൽ പുത്രൻ ശത്രുവായാൽ ദുഃഖത്തിന് കാരണമാണ് പുത്രൻ സന്യാസിയായി കഴിഞ്ഞാൽ ദുഃഖത്തിന് കാരണമാണ് ഇപ്പൊ പുണ്യം കൊണ്ടെന്ത് ചെയ്യണം പുത്രം ഇത്രാദികളെല്ലാം അനുകൂലമായി വരണം പുണ്യം വേണം അവിടെ വന്നുകഴിഞ്ഞാൽ പുത്രമിത്രാദി വിഷയവിശേഷോപാധ ഈ വിഷയങ്ങൾ അതുപാധിയായി അതനുകൂലമായി വരുമ്പോ അന്ധകർണവൃത്തി വിശേഷേ അവിടെ സുഖവൃത്തി വരും പറഞ്ഞാൽ അത് അന്നമേ വയസ്സും അന്ധകർണവൃത്തി അതിന് സുഖവൃത്തി എന്ന് പറയുന്നു സുഖവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണോ സുഖം പ്രകടമാകുന്ന ഇവിടത്തെ സുഖവൃത്തി എന്ന് പറയുന്നത് ദുഃഖവൃത്തി എന്ന് പറഞ്ഞാൽ ദുഃഖം പ്രകടമാകുന്ന ഇവിടത്തെ ജീവന് സുഖത്തെ അനുഭവിക്കണമൊരു ഉപാധ്യവ സാധ്യതയുണ്ട് അതിന് ബാഹ്യമായ സ്ഥൂലമായ ഉപാധിയാണ് പുത്രവും മിത്രവും ആന്തരികമായ സൂക്ഷ്മമായ ഉപാധിയാണ് ആ ജീവന്റെ ണം അന്ധകരണ പ്രതി അന്ധകരണത്തിന്റെ വിശേഷപ്പെട്ട പരിണാമം നിങ്ങൾ പറയാം എന്താണ് അതിന്റെ സാത്വികമായ പരിണാമം പറയാം അന്ധകരണത്തിന്റെ ഏകാഗ്രമായ പരിണാമം ഒരുമിച്ചിരിക്കും അന്ധകരണം സാത്വികമാകുന്നു ഏകാഗ്ര അതിന്റെ ബാഹ്യമായ നിമിത്തങ്ങൾ എന്ത് തന്നെ ആയാലും ചേർ സുഖം അനുഭവിക്കണമെങ്കിൽ അന്ധകർണം ഏകാഗ്രവും സാത്വികവുമാവാണ് രണ്ടു ആവണം ക്രൂരമായ കർമ്മത്തിൽ നിന്നൊരാള് സുഖം അനുഭവിച്ചാലും ശരി സുഖാനുഭവയിൽ അന്ധകർണം സാത്വികവും ഏകാഗ്രവുമായി പ്രകടമിക്കുന്നു പ്രവൃത്തി ക്രൂരമാണെങ്കിൽ ദുഷ്ടമാണെങ്കിൽ തിന്മയാണെങ്കിൽ എന്ത് ചെയ്യുന്നു അവിടെ അന്ധക്കരണത്തിന് രാജസ താമസ പരിണാമങ്ങളുണ്ടാകുന്നു തുടർന്ന് ദുഃഖാനുഭവം ഉണ്ടാകുന്നു പക്ഷെ സുഖാനുഭവം ഉണ്ടാകുമ്പോൾ എന്ത് വരുന്നു അന്ധക്കരണം വൃത്തിവിശേഷം എന്ന് പറയുന്നതാണ് ഏകാഗ്രമായ സാത്വികമായ പരിണാമം അത് ലൗകികമായ വിഷയാനുഭവത്തിലായാൽ ശരി ഏറ്റവും പ്രാകൃതവും അതുകൊണ്ട് തന്നെ ലൗകികവുമായ മൃഗസമാനമായ വിഷയാനുഭവത്തിലാണെങ്കിൽ ശരി അവിടെ സുഖ അനുഭവം വരുന്നോ അതിന്റെ കർണം സാത്വികമായി ഏകാഗ്രമായി അതുകൊണ്ടാണ് സുഖാനുഭവത്തിൽ പ്രപഞ്ചത്തെ വിസ്മരിക്കുന്നത് സുഖാനുഭവത്തിൽ വിഷയത്തെ അപേക്ഷിക്കാതിരിക്കുന്നു പറഞ്ഞ വിഷയത്തെ അപേക്ഷിക്കുന്ന ഇവിടെ ആ സുഖത്തിൻ്റെ ഉത്പത്തി വിഷയം സുഖമുണ്ടാകണം പൽപ്പായസം വേണം അത് സുഖ ഉത്പത്തിക്കുള്ള നിമിത്തം ആ നിമിത്തത്തിന്റെ ദർശനമോ പ്രാപ്തിയോ അനുഭവമോ ഏത് തരത്തിലായാലും സുഖാനുഭവം എന്ന് പറയുമ്പോൾ ജീവൻ സുഖത്തെ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അന്ധകരണം സാത്വികമായി തന്നെ പറഞ്ഞു അന്ധക്കരണം ഏകാഗ്രമാകും മറ്റു വിഷയങ്ങളെല്ലാം അന്ധകരണം പരിത്യജിക്കും എന്നാലെ അതിന് സുഖത്തെ മാത്രം സ്വീകരിക്കാൻ പറ്റും അത് നിമിഷം നേരത്തേക്ക് അയച്ചു അതുകൊണ്ടാണ് സുഖത്തെ ക്ഷണികമെന്ന് പറയുന്നത് ക്ഷണനേരം ആ ജീവൻ ഭോക്താവായി മാറി അന്തക്കെന്നും സത്യകമായി പ്രണമിച്ച് സർവവിഷയ പരിത്യാഗത്തോടു കൂടി അനുഭവവേളയിൽ സർവ്വ വിഷയങ്ങളെയും പരിത്തി സുഖത്തിൻ്റെ ഉത്പത്തിയിൽ നാനാ വിഷയങ്ങളും കാണും എന്താണ് പറയുന്നത് സുഖത്തിൽ ഞാൻ മറന്നുപോയി സുഖത്തിൽ അവിടെ എന്തക്കരണ വൃത്തിവിശേഷമാണ് എന്താണ് എൻ്റെ വിശേഷ അതാണ് പറഞ്ഞത് സാത്വികവും ഏകാഗ്രവുമായ ഭാവം അവിടെ തമ്മസ് അപ്രഛാദ്യ അതുവരെ ആ ഒരുപക്ഷെ അവിടെ തമസിൻ്റെയോ രജസിൻ്റെയോ സാന്നിധ്യം ഉണ്ടായാൽ തന്നെയും അത് അഗണ്യമായി ഗണിക്കത്തക്കതല്ല മുഖ്യം സത്വത്തിന് തന്നെ അങ്ങനെ സത്വത്തിൽ നിന്ന് ജ്ഞാനവും സുഖവും എല്ലാം സംഭവിക്കുന്ന കാര്യങ്ങളാണ് കാരണം ആ എന്ന് പറയുന്ന ഉപാധിയിലൂടെ ജീവന് തന്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന സുഖത്തെ അനുഭവിക്കും അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അവിടെ തമസ്സിനെ മാറ്റുന്നു പ്രസന്നെ എന്തൊക്കെ സാത്വികമാകുന്നു അതാണ് പ്രസന്നത എന്ന് പറയും രജസും തമസ്സും ഇല്ലാതായിത്തീരുന്നതാണ് പ്രസന്നമാകാന്ന് പറയുന്നത് വിശേഷം അത് മാറുന്നില്ല അതുകൊണ്ടാണ് സുഖാനുഭവത്തെ തുടർന്നുടൻ ദുഃഖം വരുന്നു ഭയം വരുന്നു പലതരത്തിലുള്ള വിപരീത വികാരങ്ങൾ വരുന്നു ലജ്ജ വരുന്നു പലതരത്തിലുള്ള വികാരങ്ങൾ തുടർന്നു വരുന്നു എന്തുകൊണ്ട് അവിടെ രജസിന്റെയും തമസിന്റെയും സാന്നിധ്യത്തെ അതിന് പൂർണ്ണമായി ഉപേക്ഷിക്കാൻ കഴിയും അതുകൊണ്ടാണതിന് കോശം തന്നെ സുഖാനുഭവങ്ങളെല്ലാം കോശാനുഭവം തന്നെ എന്ന് ഭാഷകാരൻ തറപ്പിച്ച് പറയുന്നു അഭിവ്യജ്യതയെ പ്രകടമാകുന്നു എന്ന് പറയുന്നു അഭിവ്യക്തി പ്രാപഠ്യം സുഖാനുഭവത്തിൻ്റെ ശാസ്ത്രത്തെ കുറിച്ചാണ് പറയുന്നത് ഇത് സാധാരണഗതി ഈ സുഖാനുഭവം എന്ന് പറയുന്നത് ലോകർക്ക് ജീവന്മാർക്ക് പ്രസിദ്ധമായിരിക്കുന്നു സ്വാനുഭവത്തിൽ നിൽക്കുന്നു എങ്ങനെ വിഷയസുഖം വിഷയസുഖം എന്നിങ്ങനെ സുഖം ഇങ്ങനെ സർവജീവന്മാർക്കും അനുഭവസിദ്ധമായിരിക്കുന്നു അവിടെ എന്താ സംഭവിക്കുന്നതെന്നാണ് പറഞ്ഞത് അത് അന്ധക്കരണകൂർത്തിയിൽ പ്രകടമാകുന്നതാണ് ആ വിഷയസുഖം എന്താണ് പറഞ്ഞു തദ് അത് തന്നെ എന്നാണ് അത് തന്നെ വിഷയസുഖം ഇതി പ്രസിദ്ധം വിഷയസുഖം എന്ന് ലോകർ പറയുന്നു സ്വാനുഭവത്തെ മുൻനിർത്തി പറയുന്നു വിഷയസുഖം എന്തുകൊണ്ടാണ് പറയാൻ കാരണം ഒരു വിഷയത്തെ ആശ്രയിച്ചപ്പോഴാണ് എനിക്ക് അസുഖം വന്നത് പാൽപായസത്തെ ആശ്രയിച്ചത് കൊണ്ട് എനിക്ക് അസുഖം അതുകൊണ്ട് പറയുന്നു അത് വിഷയസുഖമാണ് ഏത് ആ പരബ്രഹ്മം തന്നെ അതല്ലാതെ രണ്ടാമതെന്നില്ലല്ലോ അതുകൊണ്ട് അത് തന്നെയാണ് എന്തുകൊണ്ടത് അത്തരത്തിൽ സുഖമായി പ്രകടമായി അതിന് കാരണം അന്ധകരണമാകുന്നു ഉപാധി തദ്വൃത്തിവിശേഷ പ്രത്യുപസ്ഥാപകർമ്മണോ അനവസ്ഥിതത്വ സുഖ ക്ഷണികത്വം പക്ഷേ സുഖം ക്ഷണികമാണ് അനുഭവിക്കുന്ന ഏത് സുഖമായാലും ശരി ക്ഷണികമാണ് ഈ സമാധി സുഖം അത് ക്ഷണിയിൽ തന്നെ എന്തുകൊണ്ട് സമാധി വന്നു സമാധി പോയി തീർച്ചയായും വിഷയസുഖങ്ങളെ അപേക്ഷിച്ചത് ശ്രേഷ്ഠമാണ് പക്ഷേ എന്തുപറയുന്നു സമാധിയുടെ ഉത്പത്തി സ്ഥിതി ഭംഗമെല്ലാം സമാധിസ്ഥ അനുഭവിക്കുന്നു അമ്പറിൽ ഞാൻ ഇതുവരെ സമാഹിതനായിരുന്നു എനിക്ക് സമാധി നഷ്ടപ്പെട്ടു പോയി എന്താണ് അതും ക്ഷണികമാണ് പക്ഷെ സുഖത്തെ താരതമ്യം ചെയ്യുമ്പോൾ പറയും അത് മറ്റ് സുഖങ്ങളെ അപേക്ഷിച്ച് ആ സുഖ സംവേദനം തീവ്രമാണ് അത് വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്നതാണ് അതൊരിക്കലഭിച്ചാൽ വീണ്ടും വീണ്ടും ആഗ്രഹിക്കും മറ്റു സുഖങ്ങളെല്ലാം ആ സുഖത്തിന്റെ മുമ്പിൽ തുച്ഛമായിത്തീരുന്നു മറ്റു സുഖങ്ങളെ അപേക്ഷിച്ചതിന് സ്ഥായിത്വമുണ്ട് വിഷയസുഖസ്മരണ പോലെയല്ല സമാധിസുഖസ്മരണ വിഷയസുഖത്തിന്റെ സ്മരണ ആ സുഖ തീവ്രതയനുസരിച്ച് അത് കുറഞ്ഞിരിക്കും ഇത്രമാത്രം സുഖം അനുഭവിച്ചു ഞാൻ കൂടുതൽ കൂടുതൽ സുഖം അനുഭവിച്ചു അതിനേക്കാൾ എത്രയോ ദൃഢമായി സമാധി സുഖത്തെ സ്മരിക്കാൻ കഴിയും എന്നാലും അത് സുഖാനുഭവമാണ് അതുകൊണ്ട് അതും ക്ഷണികമാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ലൗകികമായ ബാഹ്യമായ വിഷയത്തെ അപേക്ഷിച്ച് വരുന്ന ആ സുഖം എത്രയോ നിസ്സാരമാണ് ക്ഷണികമാണ് പക്ഷെ വീണ്ടും ജീവൻ എന്തുകൊണ്ട് അതിനാഗ്രഹിക്കുന്നു ജീവനെ സംബന്ധിച്ചിടത്തോളം ആ ക്ഷണികമായ സുഖത്തിന്റെ അനുശൂതത അനുഭവിക്കുന്നു കാരണം സുഖം വന്നു നശിച്ചു പക്ഷെ വീണ്ടും അത് വരുന്നു വീണ്ടും നശിക്കുന്നു വീണ്ടും വരും അപ്പോൾ ഇത് നിരന്തരമായി അനുസ്യതമായി അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ജാഗ്രതത്തിന് അനുഭവിക്കുന്നു സ്വപ്നത്തിന് അനുഭവിക്കുന്നു അപ്പൊ സുഖത്തിന്റെ ഈ നൈരന്തര്യം ആ സുഖത്തിൽ സ്ഥായിത്വ ഭ്രമത്തെ ഉണ്ടാക്കും ഇത് സ്ഥിരമാണ് എന്നൊരു ഭ്രമം അവനുണ്ടാകും ഉണ്ടായി നശിച്ചുപോയതാണെന്നുള്ള കാര്യം വിസ്മരിക്കുന്നു അതുകൊണ്ടെന്ത് ചെയ്യുന്നു ആ സുഖം സ്ഥായിയാണെന്ന് ആ സുഖത്തിന്റെ ഉപായങ്ങളിൽ പ്രവർത്തിക്കുന്നു സുഖത്തിന്റെ ഉപായങ്ങളെന്ന് പറയുമ്പോൾ ഉപാസനയിലും കർമ്മങ്ങളിലും അവൻ പ്രവർത്തിക്കുന്നു അതിന്റെയൊക്കെ ആധാരം എന്താണോ ഒരു ഭ്രമമാണ് സുഖത്തിന്റെ നിരന്തരമായ അനുഭവം സുഖത്തെക്കുറിച്ച് സ്ഥായിത്വഭ്രമത്തെ ഉണ്ടാക്കുന്നത് സ്ഥിരമാണ് എന്നുള്ള ഭ്രമത്തെ ഉണ്ടാക്കുന്നു പക്ഷേ സുഖത്തിന് കാരണം പുണ്യമാണ് പുണ്യത്തിന് കാരണം നേരത്തെ പറഞ്ഞു ഉപാസന അല്ലെങ്കിൽ കർമ്മമാണ് അത് അനവസ്ഥിതത്വ സ്ഥായി അല്ല നിമിത്തമനുസരിച്ചിരിക്കും നൈമിത്തികം നിമിത്തത്തിൽ നിന്നും ഉണ്ടായത് നിമിത്തം ക്ഷണികമാണെങ്കിൽ നൈമിത്കവും ക്ഷണികമാവും നിമിത്തത്തിൽ നിന്നുണ്ടായതും ക്ഷണികമാവും സുഖനിമിത്തങ്ങൾ കൂടെ ക്ഷണികമായിരിക്കും അതുകൊണ്ട് സുഖത്തിൽ നിന്നുണ്ടായ ആ നിമിത്തത്തിൽ നിന്നുണ്ടായ സുഖം ക്ഷണികം തന്നെ ഒരു കൽപ്പം എന്ന് പറയുമ്പോൾ ഈ സൃഷ്ടിയുടെ ആദി തുടങ്ങി ഈ സൃഷ്ടിയുടെ അവസാനം മറ്റേ അത് ഏത് എന്ന് തുടങ്ങി ഏതുവരെ നമുക്കറിയില്ല ഒരു കൽപ്പം മുഴുവൻ ഒരാൾ സമാധി സുഖത്തിലിരിക്കുന്നു ഇരിക്കട്ടെ ശ്രേഷ്ഠമാണല്ലോ മറ്റ് വിഷയ അനുഭവത്തെ പോലെയല്ലോ ശ്രേഷ്ഠം തന്നെ തീർച്ചയായും വിഷയസുഖത്തെ മായി താരതമ്യപ്പെടുത്തുമ്പോൾ ശ്രേഷ്ഠം തന്നെ പക്ഷേ അനന്തമായ കാലത്തിൽ കൽപ്പം ക്ഷണമാണ് ഒരു കൽപ്പത്തിൻ്റെ ക്ഷണത്തിന്റെ സ്ഥാനമേ ഒരു കൽപ്പം കൽപ്പാന്തത്തോളം ഒരാൾ പ്രപഞ്ചത്തെ വിസ്മരിച്ച് സുഖത്തിലിരുന്നാലും അനന്തമായ കാലത്തിൽ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ എന്താണോ അതും ക്ഷണികളുടെ അതുകൊണ്ട് പറയുന്നത് എന്താണ് അനവസ്ഥിതത്വൃത്തിയുപസ്ഥാപകസ്യ കർമ്മം ആ വൃത്തിവിശേഷമുണ്ടല്ലോ സുഖവൃത്തി എന്ന് പറഞ്ഞാൽ സാത്വികവും ഏകാഗ്രവുമായ വൃത്തി അതിനെ സൃഷ്ടിക്കുന്ന അതിന്റെ പ്രത്യുപസ്ഥാപകം അതിനെ പ്രകടമാക്കുന്നു അല്ലെങ്കിൽ ജീവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു വാസ്തു അതാണ് സംഭവിക്കുന്നത് കർമ്മണ കർമ്മം അല്ലെങ്കിൽ ഉപാസന ജീവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കണി വിശേഷവൃത്തിയെ സുഖവൃത്തി അത് പ്രദർശിപ്പിക്കുമ്പോൾ ചെയ്യുന്നു ജീവൻ അതിനെ അനുഭവിക്കുന്നു നേരത്തെ പറഞ്ഞുകൊണ്ടു വിജ്ഞാനത്തിന്റെ വിജ്ഞാനമയനായി ആനന്ദമയനായി സിനിമ കാണുമ്പോ പ്രദർശനത്തിൽ ആനന്ദം അനുഭവിക്കുന്നു പറയുന്നത് സുഖവൃത്തിയുടെ പ്രദർശനം വരുമ്പോ ജീവൻ ഉടൻ അതിന്റെ മാറുന്നു പിന്നെ സിനിമയുടെ ദർശനം വരുമ്പോൾ ഉടൻ തന്നെ ജീവനുണ്ട് ഉപഭോക്താവായി മാറുന്നു ആ ദർശനത്തിൽ നിന്ന് അവൻ ആനന്ദത്തെ കണ്ടെത്തും അവിടെ വിഷയമാകുമ്പോൾ അവിടെ ആനന്ദമോ ദുഃഖമോ ഭയമോ ലജ്ജയോ എന്ത് വേണമെന്ന് വരാം ഇവിടെ പറയുകയാണ് വിജ്ഞാനവും ആനന്ദവും അത്രയും ബന്ധപ്പെട്ടിരിക്കുന്നു പക്ഷേ ഇതിനെല്ലാം നിമിത്തമായിരിക്കുന്ന കർമ്മ ഉപാസനകളും അനവസ്ഥിതൊരു സ്ഥായിത്വമില്ല അത് എന്തുകൊണ്ട് സ്ഥായിത്വമില്ല അസ്ഥായി ആയിരിക്കുന്ന അന്നപ്രാണ മനസ്സുകളെ ആശ്രയിച്ചിട്ടുണ്ടല്ലോ കർമ്മ ഉപാസനകളെല്ലാം നിലനിൽക്കുന്നത് അതുകൊണ്ട് അതിൽ സുഖം അത് ക്ഷണികമാണ് അതേതിൽ നിന്ന് സുഖത്തെ സൃഷ്ടിച്ചാലും ശരി കർമ്മത്തിൽ നിന്നായത് ശരി ഉപാസനയിൽ നിന്നായത് ശരി ശരിയാണ് ആ സുഖത്തിൽ ഏറ്റക്കുറച്ചിലുണ്ട് അതിനും നിഷേധിക്കുന്നത് അത് വലിയ സുഖമാണ് അതിനെയും നിഷേധിക്കരുത് പക്ഷെ അതെല്ലാം ക്ഷണികമാണ് എന്തുകൊണ്ട് അതിന്റെ പിന്നിൽ അതിന്റെ വരുന്ന കർമ്മം സൂക്ഷ്മമായി വരുന്ന വൃത്തികൾ എല്ലാം അനവസ്ഥിതമാണ് അതിനൊന്നും ഒരു സ്ഥായിച്ച് ഗാർഡി നിയന്ത്രണത്തിലല്ല ജീവന്റെ നിയന്ത്രണത്തിലല്ല കർമ്മ ജീവന്റെ നിയന്ത്രണത്തിലല്ല വൃത്തികൾ ജീവന്റെ നിയന്ത്രണത്തിലല്ല അതെല്ലാം പ്രാപഞ്ചികമായ ഒരു നിയമവ്യവസ്ഥയെ പിന്തുടർന്ന് ജീവനും ഒരു പ്രദർശന വസ്തുവായി മാറുകയാണ് ജീവൻ അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ വളരെ ഇതുപോലെ ക്ഷണികമാണ് ജീവന് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് തോന്നും പക്ഷെ ക്ഷണികമാണ് ജീവൻ അവന്റെ എല്ലാ പൗരുഷവും ഉപയോഗിച്ചാൽ ഇതിന്റെ എല്ലാം മേൽ അവൻ്റെ മനോവൃത്തികളുടെ മേൽ വരുന്ന സ്വാതന്ത്ര്യം ക്ഷണികമാണ് അതാണ് കൽപ്പന്തം വരെ സമാധിയിലിരുന്നാനും സമാധി കൈവിട്ടു പോകുന്നു അതുകൊണ്ട് സുഖം എന്താണ് അനുഭവവേദ്യമായ സുഖം അത് ഏത് സുഖമായാലും ശരി ക്ഷണികമാണ് അതിന് ആപേക്ഷികമായി പറയാം അത് ദീർഘമായ സുഖമാണ് അത് ക്ഷണികമായ സുഖമാണെന്നെല്ലാം പറയാം സത്യത അന്ധക്കരണം തപസ്സ തമോഘ്നേന വിദ്യയാ ബ്രഹ്മചര്യേണ ശ്രദ്ധയാച്ച നിർമ്മലത്വം ആപദ്ധ്യത വിക്തേ പ്രസന്നേ അന്തക്കർണേ ആനന്ദവിശേഷ ഉത്കൃഷ്യത വിപുലീഭൂതി ഞാൻ നേരത്തെ സമാധിയുടെ കാര്യം പറഞ്ഞത് അതാനൂടെ പറയുന്നു തദ്ദേ അന്ധക്കർണം ഇനി വിഷയത്തിന്റെ കാര്യം ഇതുവരെ പറഞ്ഞു വിഷയസുഖം എന്താണ് പറയുന്നു സാധനയിൽ നിന്ന് കിട്ടുന്ന അതങ്ങനെ തമസ് അന്തഃക്കണ്ണൻ തപസ്സാ തപസ് തപസ്സെന്ന് പറയുന്നത് തമോഘ്നേന തപസ്സിനെ ഹനിക്കുന്നതായിരിക്കും തമസ്സിനിക്കുന്ന പറയുന്നത് അന്ധക്കണ്ണത്തിന്റെ മാലിന്യത്തെ ഹനിക്കുന്നു അതിന്റെ രജസിനെയും തമസിനെയും ഹനിക്കുന്നു തമസ്സെന്ന് പറഞ്ഞാൽ രജസും തമസ്സും അങ്ങനെയുള്ള തപസ്സായിരിക്കും അല്ലാതെ ഘോരമായ തപസ് ക്ലേശത്തെ ഉണ്ടാക്കുന്ന തപസ് അത് സുഖത്തെ തരത്തില്ല തപസ്സിനെ ഹനിക്കുന്ന തപസ് ജീവിതത്തിലെ നിഷ്ഠകൾ സാത്വികമായ നിഷ്ഠകൾ അതിനൊരു ലക്ഷ്യമുണ്ടെന്താണ് അന്ധകരണത്തിന്റെ ശുദ്ധി തമോ നാശം അതിനു വേണ്ടിയിട്ടുള്ള തപസ്സുകൾ അത് ചെയ്യുമ്പോൾ മാത്രം അതാണ് ആൾക്കാർ പരാതിപരാണ് ഞാൻ ഒരുപാട് തപസ് ചെയ്യുന്നു പക്ഷേ എൻ്റെ ഫലം എന്ന് പറയുന്നത് ദുഃഖമാണ് ദുഃഖമാണ് യോഗാസനം ചെയ്തു പിടലിവേദന മാറുന്നില്ല തപസ് തന്നെയാണ് അതിങ്ങനെ യോഗാസനം പിടലിവേദന ഉണ്ടാക്കിയത് ദുഃഖത്തിന് കാരണമായി തീർന്നെന്താണ് അതിന്റെ ശാസ്ത്രമാണ് പറയുന്നത് തപസ് തമസ്സിനെ ഹനിക്കുന്നതായിരുന്നു അത് വിധി വിധിപ്രകാരമായിരുന്നു ആചാര്യന്മാർ നിർദ്ദേശിച്ച രീതിയിലായിരുന്നു ഇപ്പ എല്ലാ തപസുകളും അങ്ങനെ വരുമ്പോൾ എന്ന് വരുന്നു അത് തമസ്സിനെ ഹനിക്കുന്നു വിദ്യയ തപസ് പോലെ ഇതെല്ലാം തമസ്സിനെ ഹനിക്കുന്നതാണ് മാലിന്യങ്ങളെ നശിപ്പിക്കുന്നു ഉപാസന വിദ്യ ഉപാസന എല്ലാ മാലിന്യങ്ങളെയും ചേർത്ത് പറയാം രജസും താമസ ബ്രഹ്മചര്യാണ് ബ്രഹ്മചര്യം ഭരതം നിഷ്ഠ കാമം തുടങ്ങിയ രജസിന്റെ ഫലമായി വരുന്ന മാലിന്യങ്ങളെ നശിപ്പിക്കാനുള്ളതാണ് ഇതിനെല്ലാം സഹായിക്കുന്ന ശ്രദ്ധ ഗുരുവിൽ ശാസ്ത്രത്തിൽ എല്ലാം ശ്രദ്ധയുണ്ടെങ്കിൽ ഇതൊക്കെ അനുഷ്ഠിക്കാൻ പറ്റും ഗുരു പറയുന്നു ബ്രഹ്മചര്യം പാലിക്കണം അല്ലെങ്കിൽ അത് ദോഷമാണ് ശ്രദ്ധ അതിലുള്ളവനെ അത് പാലിക്കാൻ കഴിയും ഗുരു പറയുന്നു ഉപാസന അനുഷ്ഠിക്കണം ഇന്ന് ഉപാസന നീ ചെയ്യണം ശ്രദ്ധയില്ലെങ്കിൽ അത് ചെയ്യാൻ കഴിയില്ല ഇന്ന് തപസ് നീ അനുഷ്ഠിക്കണം അത് അനുഷ്ഠാന വേളയിൽ ക്ലേശത്തെ ഉണ്ടാക്കിയാലും ശരി തപസ് ക്ലേശകരമാണ് പക്ഷെ തപസിന്റെ ഫലം ക്ലേശത്തെ ഉണ്ടാക്കുന്നതാണ് അതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം തപസ് ക്ലേശത്തോടു കൂടി അനുഷ്ഠിക്കേണ്ടതായി അത് ക്ലേശം വരുന്നെവിടെ അതിന്റെ അനുഷ്ഠാനത്തിലാണ് എല്ലാ ഉപാസനയിലും ബ്രഹ്മചര്യത്തിലും ഇതെല്ലാം അനുഷ്ഠാനത്തിൽ ക്ലേശമുണ്ട് പക്ഷെ ഫലത്തിൽ ക്ലേശമില്ല എന്തുകൊണ്ടാണ് അതിന്റെ ഫലം ഇതെല്ലാം ശ്രദ്ധയോടുകൂടി ചേരുമ്പോൾ അതിന്റെ ഫലം സുഖമാണ് എന്തുകൊണ്ട് പറയുന്നു നിർമ്മലത്തും അപദ്ധ്യത എന്ത് അന്ധക്കരണം ഇതെല്ലാം ആത്യന്തികമായ ഫലം പറയുന്നത് എന്താണ് അന്ധക്കരണത്തിന്റെ സാത്വികത അതാണ് നിർമ്മലത്വം നേരത്തെ പറഞ്ഞു പ്രസന്നത അവിടെ രജസിനി തമസിനെ എന്നാൽ അത് മാറ്റിക്കളയും തപസ്സനുഷ്ഠിക്കുന്നു ഉപാസന ചെയ്യുന്നു ബ്രഹ്മചര്യം ശീലിക്കുന്നു ഇതെല്ലാം ചെയ്തിട്ടും ക്ലേശമാണെങ്കിലോ അവിടെ അനുഷ്ഠാനം പൂർണ്ണമാകുന്നില്ല അനുഷ്ഠാനം ഫലത്തെ നൽകത്തക്കതായില്ല അതുകൊണ്ടാണ് അനുഷ്ഠാനത്തിന്റെ പൂർത്തിയിലാണ് ഫലമുണ്ടാകുന്നത് കർമ്മത്തിന്റെ പൂർണതയിൽ ഫലം അതാണ് വൈദികമായ സിത്താണ് കർമ്മത്തിന്റെ അനുഷ്ഠാനത്തിൽ ഫലമെന്ന് പറയുന്നുണ്ട് ഒരിടത്തും കർമാനുഷ്ഠാനത്തിൽ എന്തെങ്കിലും ന്യൂനതകൾ വന്നു കഴിഞ്ഞാൽ കർമ്മവൈകുണ്യം എന്ന് പറയും ഫലം ഉണ്ടാകത്തി എന്താണ് നിർദ്ദേശ ഫലം അതുണ്ടാകത്തില്ല ഒരു കർമ്മവും നിഷ്ഫലമാകുന്നില്ല പക്ഷേ ഒരു കർമ്മം കർമ്മത്തിന് ഫലം എന്നൊരു നിയമമാണ് ആ നിയമം അനുസരിച്ച് അത് സംഭവിച്ചതിന് തീർന്നാനും ഈശ്വരീയമായ നിയമമാണ് ഈശ്വരന്റെ നിയമത്തെ പ്രകൃതിക്കോ ജീവനോ ലംഘിക്കാൻ സാധ്യത അപ്പോൾ നിയമം അനുസരിച്ച് സംഭവിക്കേണ്ടതാണല്ലോ എന്റെ തപസ്സുകൊണ്ട് എൻ്റെ ഉപാസന കൊണ്ട് എന്റെ ബ്രഹ്മചര്യം കൊണ്ട് എന്റെ ശ്രദ്ധ കൊണ്ട് ഞാൻ സുഖത്തെയാണല്ലോ അനുഭവിക്കേണ്ടത് ദുഃഖമാണല്ലോ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണവിടെ ഇതിൻ്റെ പൂർണ്ണത വന്നില്ല പൂർണ്ണതയിലേ ഉള്ളൂ അസുഖം അതിനുമുമ്പെന്താണ് അതിന്റെ അനുഷ്ഠാനമാണ് അനുഷ്ഠാനത്തിൽ പ്ലേസമാണ് പ്ലേസകരമാണ് ഈ അനുഷ്ഠാനം അതാണ് ക്ലേശവും സുഖവും തമ്മിലുള്ള ബന്ധം ത്തിൽ ക്ലേശം ഫലത്തിൽ സുഖം അതുകൊണ്ടാണ് പറഞ്ഞത് യഥാ എപ്പോഴാണോ നിർമ്മലത്വമാവധ്യത ആ നിർമ്മലത്വത്തെ പ്രാപിക്കുന്നത് അത് അതിന്റെ പൂർണതയിൽ അനുഷ്ഠാനത്തിന്റെ പൂർണ്ണതയിൽ യാവദ്യാവുന്നതിന്റെ പുരോഗതിക്കനുസരിച്ച് എന്നും പറയാം പൂർണമായ ഫലം അനുഷ്ഠാനത്തിന്റെ പൂർണ്ണതയും പക്ഷെ പ്രകൃതിക്കൊരു നിയമമുണ്ടല്ലോ ഏതൊരു കർമ്മത്തിനും അതിന്റേതായ ഫലമുണ്ടാവും കർമ്മം എങ്ങനെയോ അങ്ങനെ ഫലം എത്രമാത്രം യാവത്ത് യാവത്ത് എത്രമാത്രം പുരോഗമിക്കുന്നു അതിനനുസരിച്ച് ദുഃഖത്തിന്റെ നിവൃത്തി വരുന്നു സുഖത്തിന്റെ അഭിവ്യക്തി വരുന്നത് അതിന് സാതിശയസുഖം വാസ്തവത്തിൽ ഒരുവൻ ഒരു സാധകൻ തന്നെ എന്തുകൊണ്ട് ക്ലേശങ്ങൾ അനുഭവിക്കുന്നു എന്തുകൊണ്ട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നു ഒരാൾക്ക് സ്വയം അറിയാം അതിന് തന്റെ മനസ്സ് തന്നെ കാരണം തന്റെ വികാര വിചാരങ്ങൾ തന്റെ വാക്ക് തന്റെ പ്രവൃത്തി അതുതന്നെയാണ് ദുഃഖത്തിന് കാരണമായി തീരുന്നത് തൻ സത്കർമ്മങ്ങളും സദാചാരങ്ങളും എല്ലാം പാലിക്കുന്നുണ്ടെങ്കിൽ ദുഃഖത്തിന് നിമിത്തമായ മനസ്സും വാക്കും പ്രവൃത്തിയും നിലനിൽക്കുമ്പോൾ അത് ദുഃഖത്തിനുണ്ടാക്കും അപ്പോൾ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അനുഭവം സുഖ ദുഃഖ സമ്മിശ്രമായിട്ടായിരിക്കും സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദുഃഖം അനുഭവിക്കും പക്ഷേ അയാളുടെ അനുഷ്ഠാനത്തിൽ അയാൾക്ക് നിഷ്ഠയുണ്ടെങ്കിൽ യാവത്യാവ് അനുഷ്ഠാനത്തിലുള്ള അയാളുടെ പുരോഗതി അനുസരിച്ച് താവത്താവ അന്തൊക്കെ എന്ത് ചെയ്യുന്നു വിവിക്തി അത് ഏകാന്തമാകുന്നു വിഷയമിലോർമുക്തമാകുന്നു വിപരീത ഭാവനകളിൽ നിന്ന് അത് മുക്തമാകും അതിനനുസരിച്ച് അന്ധക്കരണം ഏകാന്തമാകും ഏകാന്തയോഗി എന്നും മറ്റും പറയുന്നു അന്ധകരണം എപ്പോഴും വിഷയസമ്മിശ്രമാണ് വിഷയങ്ങളോടു കൂടി ചേർന്ന് അതിനെ ഇരിക്കാൻ പറ്റും വിഷയങ്ങളാണെങ്കിലോ രജ തമോ ബാഹുല്യം അതുകൊണ്ട് തന്നെ രജസും തമസും അതിനെ ദൂരീകരിക്കാനാണ് ഈ പറയുന്ന തമസ്സും ഉപാസനയും ബ്രഹ്മചര്യവും ശ്രദ്ധേയം പറയുന്നു അതിൻ്റെ പുരോഗതിക്കനുസരിച്ച് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല പ്രസന്ന അന്ധക്കരണേ അത് ഏകാന്തമാകുന്നു വിഷയ വിനർമുക്തമാകുന്നു അന്ധക്കരണത്തിൽ ഈ രജസും തമസും ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ അത് വിവിക്തമല്ല അത് ആത്മാവിനോട് ചേർന്നിരിക്കുമ്പോഴാണ് വിവിക്തമാകുന്നത് വിവിക്തസേവിഷയങ്ങളോട് ചേർന്നിരിക്കുമ്പോൾ അത് വിവിക്തമല്ല വിവിക്ത വിപരീതമാണ് രജസും തമസും എന്നാൽ അവിടെ വർധിച്ചിരിക്കും അപ്പൊ സാധനയുടെ ഫലം എന്ന് പറയുന്നത് എന്താണോ ഈ അന്ധകരണത്തിൽ നിന്നുള്ള വിഷയ നിർമ്മാർജ്ജനമാണ് അത് പലപ്പോഴും നമ്മുടെ സങ്കല്പത്തിലുള്ളതായിരിക്കുന്നത് കാരണം ഭാഷകാരനൂടെ വിശദീകരിക്കുന്നത് അത് പ്രസന്നമാകുന്നു അതിന്റെ അടയാളം അതാണ് പ്രസന്നത എന്ന് പറഞ്ഞാൽ മനസ്സിലാവും സാത്വികത പ്രസന്നാന്തക്കരണേ ആനന്ദവിശേഷം കൃഷിയത് വിപുലീഭവതി നേരത്തെ പറഞ്ഞു ഒരാനന്ദം ആ ആനന്ദം എങ്ങനെയാണ് പ്രസിദ്ധം ലോകേ ഇത് അവർക്കെല്ലാവർക്കും അറിയാമെന്ന് വെച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം സർവ്വജീവന്മാർക്കും ആനന്ദത്തെ ആനന്ദത്തെ ആർക്കും ആരോടും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യം പക്ഷേ ഇവിടെ പറയുന്നെന്താണ് ആനന്ദവിശേഷം ഇത് പരിചയപ്പെടേണ്ട ആനന്ദമാണ് എന്തുകൊണ്ട് ഇത് തപസ് ഉപാസന ബ്രഹ്മചര്യം ശ്രദ്ധ ഇതെല്ലാം കൊണ്ടുണ്ടാകുന്ന ആനന്ദമാണ് നമുക്ക് പരിചയമുള്ള ആനന്ദത്തെ പ്രാപിക്കുന്നതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം അത് ഇതിനകം പരിചയപ്പെട്ട് കഴിഞ്ഞതാണ് ആ ആനന്ദം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് വീണ്ടും ആനന്ദത്തിന് വേണ്ടി ശ്രമിക്കുന്നത് ദുഃഖം നിരാശ ഇതെല്ലാം കൊണ്ട് എന്ത് ചെയ്യുന്നു മനുഷ്യൻ വീണ്ടും ആനന്ദത്തിന് വേണ്ടി ശ്രമിക്കുന്നു നഷ്ടപ്പെട്ട ആനന്ദത്തിന് വേണ്ടി ശ്രമിക്കുന്ന അതിനുവേണ്ടി ലൗകീയ ഉപായങ്ങൾ മതി അതിനു വേണ്ടിയിട്ട് തപസും ബ്രഹ്മചര്യവും ശ്രദ്ധയും വേണ്ട പക്ഷെ ഇതിലൂടെയെല്ലാം പ്രാപിക്കേണ്ട ഒരു ആനന്ദമുണ്ട് അതിന് ഇവിടെ പറയുന്നു ആനന്ദവിശേഷം ആനന്ദം ഏതായാലും ശരി അതിന്റെ ഉറവിടം ഒന്നും ആണ് നേരത് പറഞ്ഞത് തത് ആ ബ്രഹ്മം പരബ്രഹ്മമാണ് ആനന്ദത്തിന്റെ അധിഷ്ഠാനം അവിടെ നിന്നും എന്താണ് ഒരു വിശേഷ ആനന്ദമുണ്ടാകുന്നത് അതാണ് ആത്മീയമായ ആനന്ദം എന്ന് പറയുന്നത് ഇവിടെയാണ് നടത്തി ചോദിക്കും എന്താണ് ലൗകിക്കാനും ആത്മീയനും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിക്കും എല്ലാവരും ഭ്രമമാണ് എല്ലാവരിലും സുഖമുണ്ട് എല്ലാവരും സുഖത്തെ ആഗ്രഹിക്കുന്നു നേടാൻ വേണ്ടി പ്രയത്നിക്കുന്നു നേടിയാലും നേടിയില്ലെങ്കിലും എല്ലാവരും ബ്രഹ്മമാണ് പിന്നെന്താ പ്രത്യേകത വിദ്വാനോ വിദ്വാനന്ദം പറയുന്നു ആനന്ദ വിശേഷ വിശേഷമായ ആനന്ദം ഉത്കൃഷ്യത വിപുലീഭവതി വിപുലമായി തീരുന്നു എന്ന് പറഞ്ഞാൽ എത്രയ്ക്കത്രക്ക് അയാൾ പുരോഗമിക്കുന്നു അത്രയ്ക്കത്ര ആനന്ദം വിപുലമാകുന്നു ആനന്ദത്തേണ് നേരത്തെ പറഞ്ഞത് സമാധാനം ശാന്തി സുഖം സമാധാനം എന്നെല്ലാം പറയുന്നു ആത്മീയ ശാന്തി അത് വിപുലമാകുന്നു അത് അയാളുടെ സാധുതയുടെ പുരോഗതി അനുസരിച്ചു വിപുലമാകുന്നില്ലെങ്കിൽ പ്രവൃത്തിയിൽ എന്തോ അന്യൂനതയുണ്ട് അയാളുടെ കർമ്മത്തിൽ വൈകുണ്യമുണ്ട് അതുകൊണ്ട് ഫലമുണ്ടാകുന്നില്ല മറിച്ചാണെങ്കിലോ അതിന്റെ ആനന്ദം വിപുലമാകും എന്തുകൊണ്ട് ഈ ആനന്ദത്തിന്റെ ഉറവിടം തന്റെ സ്വരൂപം തന്നെ ആ ഉറവിടം അവിടെ നിന്ന് ഈ അന്തക്കണ്ണപ്പെടുത്തി ആനന്ദത്തെ പ്രകാശിപ്പിക്കുന്നു അങ്ങനെയാണോ സൂര്യ കണ്ണാടി പ്രതിഫലിപ്പിക്കുന്നത് പ്രകാശിപ്പിക്കുന്നത് സൂര്യബിംബം വളരെ അകലെയാണ് ആ ബിംബത്തെ ഒരിക്കലും കണ്ണാടിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അത് കണ്ണാടിയേക്കാൾ എത്രയോ വലുതാണ് എത്രയോ മടങ്ങ് വലുതാണ് എന്നിരിക്കലും ആ ബിംബത്തെ കണ്ണാടിക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിയും അത് പ്രതിഫലനം മാത്രമാണ് വാസ്തവമല്ല എന്നാലും അത് സൂര്യബിംബമാണ് കേവലൊരു പ്രതിഫലനമാണെങ്കിലും അത് എന്തിന്റെ പ്രതിഫലനം സൂര്യന്റെ പ്രതിഫലനമാണ് അതുപോലെ ഈ ആത്മസ്വരൂപം അതിൻ്റെ പ്രതിഫലനമാണ് അന്ധകരണവൃത്തിയിലൂടെ ആനന്ദമായി സുഖമായി ശാന്തിയായി അനുഭവപ്പെടുന്നത് പക്ഷെ അത് പ്രതിഫലനം മാത്രമാണ് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് എന്താണ് പ്രതിബിംബമാണ് ബിംബം എന്ന് തെറ്റിദ്ധരിക്കരുത് അതെന്തായാലും രണ്ടും രണ്ട് പക്ഷേ അതിന്റെ സാദൃശ്യം അതിന്റെ സമാനത അതിന്റെ ഏകരൂപത അത് വളരെ അതിശയകരമാണ് സൂര്യനെപ്പോലെ തന്നെ ഇരിക്കുന്നു ആ ബിംബവും സൂര്യനെപ്പോലെ തന്നെ പ്രകാശിക്കുന്നു ബിംബവും അത് തന്നെയാണ് ഇതിന് ആനന്ദവിശേഷം എന്ന് പറഞ്ഞത് അതാ ബ്രഹ്മത്തിൽ നിന്നും പ്രകടമാകുന്നതാണ് അത് വിപുലീഭവതി പക്ഷേ ഇനി അടുത്ത് പറയും ശ്രുതി എന്ന് പറയുന്നു രസവും വൈസ് സഹ അത് രസം തന്നെയാണ് ആനന്ദം തന്നെയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഉറപ്പിച്ചു പറയുന്ന ആനന്ദം തന്നെയാണെന്ന് ഈ പറയുന്ന തപസ്സും നിശ്രദ്ധയും അനുഷ്ഠാനങ്ങളെ കൊണ്ട് അവൻ ശാന്തിയെ പ്രാപിക്കുന്നു ആനന്ദത്തെ പ്രാപിക്കുന്നു കർമ്മവും ഉപാസനയും സ്വർഗ്ഗത്തെ പ്രാപിക്കുന്നു സുഖത്തെ പ്രാപിക്കുന്നു അവിടെയെല്ലാം എന്താണ് അവൻ പ്രാപിക്കുന്നത് സുഖമാണ് മുമ്പ് പറഞ്ഞല്ലോ ആ ഭോക്താവിനോട് ഏറ്റവും ചേർന്നയിക്കുന്നതാണ് സന്നിധർഷമായിരിക്കുന്നതാണ് ആനന്ദമായ കോശമ്യമായ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ആ ഭോക്താവ് പിന്തിരിഞ്ഞ് ആന്തരികമാകും എപ്പോഴാണ് അവന് പരവുമായ ശ്രേഷ്ഠമായ സുഖത്തെ അനുഭവിക്കുന്നത് ആ സുഖത്തിന്റെ ഉറവിടം അത് തന്നെയാണ് തന്റെ സ്വരൂപമെന്ന് അവന് തീർച്ചപ്പെടുത്തേണ്ടി വരുന്നത് അതിലുക്തിയുണ്ട് അനുഭവവും അതിന് പ്രമാണവും വിഷയത്തെ ആശ്രയിച്ച് സുഖത്തെ നേടുന്നുണ്ടെങ്കിലും അതെല്ലാം കേവല സുഖത്തിന്റെ ഉത്പത്തിക്ക് സുഖനിമിത്തമായിട്ട് മാത്രം സുഖാനുഭവത്തിൽ ഭോക്താവ് അവൻ ഇവിടെ പറഞ്ഞതുപോലെ വിവിക്തനാകുന്നു ഏകാന്തനാകുന്നു വിഷയത്തെ വിടുന്നു അനുഭവത്തിൽ പിന്നെ വിഷയം ആവശ്യമുണ്ടവൻ അവിടെ കേവല അനുഭവം മാത്രം വിഷയനിമിത്തമായി സുഖം ഉത്പന്നമായി പക്ഷേ വിഷയാനുഭവത്തിൽ സുഖാനുഭവത്തിൽ വിഷയമില്ല വിഷയവിസ്മരണം സംഭവിക്കുന്നു ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു രസോ വൈസഹ അവൻ സ്വയം തന്നെ ആ ഭോക്താവ് സ്വയം തന്നെ ആനന്ദമായതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ഭോക്താവിന്റെ സ്വരൂപം ആനന്ദമാണ് പക്ഷെ ആ ഭോക്താവിന്റെ സ്വരൂപത്തിൽ നിന്നുള്ള ഒരു പ്രതിബിംബമാണ് ഈ ആനന്ദം എന്നേ പറയാൻ കഴിയും മറിച്ച് ഈ ആനന്ദം തന്നെയാണ് ആ ഭോക്താവെന്ന് പറയാൻ കഴിയാം ുക്തമായിരിക്കുമ്പോൾ അവൻ ആനന്ദമയനായിരിക്കുന്നു അതുകൊണ്ടാണ് ആനന്ദമയ കോശം എന്ന് പറഞ്ഞത് എന്നാലും അവൻ അത് പരമാർത്ഥമാണ് പരമാർത്ഥമായെന്താണത് വ്യവഹാരാതീതം തന്നെ അന്നുമ്പോൾ പറഞ്ഞതിൽ നിന്നും മാറ്റം ആ വ്യവഹാരാതീതമായ തലത്തിൽ നിന്ന് വിട്ട് ആനന്ദാനുഭവത്തിൻ്റെ തലത്തിലേക്ക് ജീവൻ എങ്ങനെ വരുന്നു എങ്ങനെ അവൻ ഭോക്താവാകുന്നു എന്തുകൊണ്ടവൻ ആനന്ദമായ കോശമൊന്നും വിളിക്കുന്നു എന്താണ് ആനന്ദമായ കോശവും ആനന്ദസ്വരൂവുമായ ബ്രഹ്മവും തമ്മിലുള്ള ഭേദവും സാദൃശ്യവും ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചർച്ച ചെയ്യുന്നത് രസം ഹീവായും ആനന്ദീ ഭവതി ഈ അനന്തമയ കോശ അവിടെ ഭോക്താവായിരിക്കുന്നവൻ അയം രസം ലബ്ധസത്തെ നേടിയിട്ട് ഏത് രസം രസവ ആ രസ സ്വരൂപനായിരിക്കുന്നു ആത്മാവിന്റെ രസത്തെ നേടിയിട്ട് നടത്തും രസത്തെ അന്വേഷിച്ചാലത് അവിടെ തന്നെ എത്തിച്ചേരും തന്നെ തന്നെ എത്തിച്ചേരും രസമാണ് തന്നോട് സന്നിഖർഷമായിരിക്കുന്നത് ആനന്ദീഭോതിയായും സ്വയം ആനന്ദിക്കുന്നത് അത് വിഷയാനന്ദാലും ശരി ആത്മീയ ആനന്ദമായാലും ശരി ഏതായാലും ശരി ഈ രസത്തിന്റെ ഉറവിടം സ്വസ്വരൂപം തന്നെ അവിടെ നിന്നാണിത് പ്രകാശിക്കുന്നത് പ്രകടമാകുന്നത് യേശിയേവ ആനന്ദയാതി യവൻ തന്നെയാണ് ആനന്ദിപ്പിക്കുന്നത് പറയുന്ന വിഷയങ്ങൾ ആനന്ദത്തിന്റെ നിമിത്തമാണ് അന്തക്കണ്ണു വൃത്തി ആനന്ദത്തെ അഭിവ്യഞ്ജിപ്പിക്കുന്നതാണ് കണ്ണാടി ബിംബത്തെ പ്രതിഫലിപ്പിക്കുന്നതുപോലെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ഇതെല്ലാം ഭാഗ്യവുമായി ശരിയാണ് പക്ഷെ ആരാ അവനെ ആനന്ദിപ്പിക്കുന്നത് യേശ ഈ രസസ്വരൂപനായ ആത്മാവാണ് അതാണവനെ ആനന്ദിപ്പിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ത്യാഗത്തിൽ സുഖം ഭോഗത്തിന് സുഖമുണ്ട് പക്ഷെ ത്യാഗത്തിൽ അതിനേക്കാൾ ഏറിയ സുഖമാണ് പതിന്മടങ്ങ് സുഖമാണ് അനുഭവിക്കുന്നത് എന്തുകൊണ്ട് അവിടെ ആ സ്വരൂപത്തിൽ നിന്നുള്ള സുഖം ഭോഗ്യവിഷയങ്ങളുടെ സഹായമില്ലാതെ പ്രകാശി അതുകൊണ്ട് ആനന്ദിപ്പിക്കുന്നത് യേശീവ ഇവൻ തന്നെയാണ് ആരെ ജീവനെ ആനന്ദിപ്പിക്കുന്നത് ജീവൻ ആനന്ദമയ കോശസ്ഥിതനായി ആനന്ദത്തെ അനുഭവിക്കുന്നത് അത് ജാഗ്രത സ്പഷ്ടമ സ്വപ്നത്തിലേറെ സ്പഷ്ടം എന്തുകൊണ്ട് ജാഗ്രതത്തിലെ വിഷയങ്ങളൊന്നും തന്നെ അവിടെയില്ലെങ്കിലും അവനവിടെ സുഖത്തെ അനുഭവിക്കുന്നു അപ്പോൾ ജാഗ്രത വിഷയങ്ങൾ അല്ലല്ലോ മുഖ്യ കാരണം എന്തുകൊണ്ട് അവിടെ എവിടെയാണോ ഈ സ്വപ്നം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്നുള്ള സുഖത്തെ അങ്ങനെ അനുഭവിക്കുന്നു ഏതോ ആനന്ദസ്യ അന്യാനുഭൂതാനി മാത്രാം ഉപജീവന്തി ഈ ആനന്ദത്തിന്റെ സ്വരൂപമായിരിക്കുന്ന ആനന്ദത്തിന്റെ മാത്രാം ലേശം ഉപജീവന്തി അനുഭവിക്കുന്നവർ അന്യാനുഭൂതാനി ഈ സർവജീവികളും ഉപാധികളിലൂടെ അനുകൂലമായ വിഷയങ്ങൾ ഉപാധിയാകുന്നു ആ വിഷയങ്ങളെ അനുകൂലമാക്കി തീർക്കുന്ന അന്ധക്കരണം ഉപാധിയാകുന്നു അല്ലെങ്കിൽ മനസ്സിന്റെ പരിണാമം വൃത്തി അതുപാധിയാകുന്നു ആവൃത്തിയിൽ ഉള്ള ഗുണം സത്വഗുണം അതുപാധിയാകുന്നു ഉപാധികളെല്ലാം കൂടി ചേർന്നിട്ട് അതിൻ്റെ ഒരു ലേശ ഒരൽപം മാത്രം പ്രകാശിപ്പിക്കുന്നു ഉപജീവന്തി ആ സുഖത്തെ ആശ്രയിച്ചവൻ ജീവിക്കുന്നു ജീവിക്കുന്നുവെന്ന് വെച്ചാൽ നിലനിൽക്കുന്നു സുഖത്തെ ആശ്രയിച്ച് ജീവനെ നിലനിൽക്കാൻ പറ്റും എങ്ങനെ ഭോക്താവായി നിലനിൽക്കാൻ പറ്റും ഇവിടെ സുഖത്തിന്റെ ഭോക്താവായി ജീവൻ നിലനിൽക്കുന്നത് ഈ ആനന്ദത്തെ ആശ്രയിക്കുന്നുകൊണ്ടാണ് ഈ ആനന്ദത്തെ ആശ്രയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവനെന്തിയും നിലനിൽക്കത്തില്ല അതാണ് ദുഃഖം കൊണ്ട് മനുഷ്യൻ മരിക്കുന്നത് മരിച്ചു പോകും ജീവനെ നിലനിൽക്കാൻ പറ്റുന്നു ശരീരത്തിൽ നിലനിൽക്കാൻ പറ്റില്ല ജീവനാശം സംഭവിക്കുന്നില്ല പക്ഷെ ആനന്ദത്തെ അവന് സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആനന്ദത്തിന്റെ ഉറവിടത്തിൽ നിന്ന് ആനന്ദത്തെ അവന് കണ്ടെത്താൻ കഴിഞ്ഞില്ല അത് വിഷയ സംബന്ധം കൊണ്ടായിക്കോട്ടെ ആനന്ദത്തെ കണ്ടെത്തിയിരുന്നെങ്കിൽ ജീവൻ പിന്നെ നിലനിർത്തി അവൻ ഭോക്താവായി നിലനിർത്തി ഞാൻ മരിക്കും മരിച്ചു കളി നിലനിർത്തി ദുഃഖമാണ് ദുഃഖത്തിലൊരാൾക്ക് ജീവിക്കാൻ കഴിയില്ല ജീവിച്ചാലും മരണസമന്ധനം അത് ലോകത്തിനും വ്യവഹാരത്തിനും നമ്മൾ അനുഭവപ്പെടുന്നതാണ് അതുകൊണ്ട് പറയുന്നു ഈ ആനന്ദലേശത്തെ ആശ്രയിച്ചിട്ട് ജീവന്മാർ നിലനിൽക്കുന്നു എന്നുവെച്ചാൽ ജീവ വ്യവഹാരം അന്നമയ പ്രാണമയ മനോമയ കോശങ്ങളെ ആശ്രയിച്ചുള്ള ഈ ജീവന്റെ വ്യവഹാരങ്ങളെല്ലാം ഏറ്റവും ആന്തരികമായിരിക്കുന്ന സൂക്ഷ്മമായിരിക്കുന്ന ഈ ആനന്ദമയ കോശത്തെ ആശ്രയിച്ചിട്ടാണ് ഇതെല്ലാം ശ്രുതി വ്യക്ത